بسم الله من الصوام الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد واله وصحبه اجمعين الباب الثاني في العقل وشرفه وحقيقته واقسامه بيان شرف العقل അപ്പൊ എന്തെല്ലാ പറയുന്നത് അക്കൽ എന്ന് പറഞ്ഞ സാധനം എന്താണ് അതിനുള്ള ചറഫെന്താണ് അക്കൽ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഹക്കട്ടുണ്ടാവുമല്ലോ ആ ഒരു ഒരു മുസമ്മ അതിന്റെ അക്കത്താമുകൾ അപ്പോ ഇത്ര കാര്യം പറയൂ മൂന്ന് കാര്യം പറയൂ ചറഫുൽ അക്കലോണ്ട തുടങ്ങുന്നത് നേരം അന്നഹാദ മിമ്മാതാ യുഹത്താ ഈ ചറഫുൽ അക്കലി അഖിലിന്റെ മഹത്വം വെടിപ്പെടുത്താൻ കൂടുതൽ പാടുപാടേണ്ട ആവശ്യമൊന്നുമില്ലാന്ന പറയും അതുകൊണ്ട് ഇൽമിന്റെ ചറഫിൽ നിന്ന് മനസ്സിലാക്കാൻ അഖിലിന്റെ ചറഫിൽ ഇൽമുണ്ടാകണമെങ്കിൽ അഖില പോണല്ലോ അല്ലേ അഖിലില്ലെങ്കിൽ ഇൽമില്ല അപ്പൊ ഇൽമിന്റെ കേന്ദ്രം കിടക്കുന്ന എവിടെ നിന്ന് അഖിലില്ലാന്ന് അപ്പൊ ഇൽമിന് പറയപ്പെട്ട ഷറഫല്ല ആരും കിട്ടും അഖിലും കിട്ടുമല്ലോ ലാ തീയ്യമ്മ പ്രത്യേകിച്ചും വക്കതു ലഹറ ഷറഫുൽമിണ്ട ഇൽമിന്റെ ചെറുപ്പ് ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു നേരല്ലോ എപ്പോ മുൻ കപിലൽ അഖിൽ അഖിലിനെ പറയുന്നതിന് മുമ്പായി തന്നെ ഇൽമിന്റെ ചെറുപ്പത്തിലോ പറഞ്ഞു കഴിഞ്ഞു പോയി വൽഅലാണെങ്കിലോ ഇൽമ് ഉടക്കേണ്ടെന്ന അതിന്റെ കേന്ദ്രം മമ്മളിയാണ് അസാസ് അപ്പൊ അപ്പൊ ഇൽമും അക്കിളും തമ്മിൽ എന്താ മന്ത്രം ഇൽമെന്നുള്ളത് ഒരു പഴമായി സങ്കല്പിച്ചാൽ അഖിൽ എന്നുള്ളതിന്റെ യും മിന്നും മധുര സമരത്തി മിനറ ഇൽമ അക്കലുമായിട്ടുള്ള നടത്തെങ്ങനെയാണ് ഒരു പഴം മരമായിട്ടുള്ള മന്ദം പോലെയാണ് അക്കലാണ് മരം ഇൽ പഴം അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം പറയാ വന്നോറി മിന സ്റ്റംസിൽ അതുപോലെ സൂര്യനും നിഷ്പ്രകാശം കൂടെ നോക്കാം സൂര്യനാണ് ഇപ്പാല് അക്കല് നൂറാണ് അത് ഇൽമിന്റെ സ്ഥാനം അല്ലെങ്കിൽ വെറും ഉയ്യത്തിമിരൽ അയിൻ കണ്ണും കാഴ്ചയും തമ്മിലുള്ള വന്ധം പോലെയാണ് കാഴ്ച ഉണ്ടാവണമെങ്കിൽ കണ്ണു വേണം ഇൽമുണ്ടാകണമെങ്കിൽ അഖിൽ വേണം മാഹുമ വസീലത്വ സഹാദത്ത്യാവല്ല അപ്പൊ ദുന്യാവിലെയും ആഹ്ലത്തിലെയും സഹാദത്തിനുള്ള വസീലയാണ് ഇൽമ് അല്ലെ ആ ഇൽമിന്റെ അഖൽ കൂടാണ്ട് കഴിഞ്ഞൂല അപ്പൊ അതിന്റെ മാഹുത്വം അതിന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ ആസ്തറാബു ഫീഹി അല്ലെങ്കിൽ അഖിലന്റെ ചറബിന് എന്തിപ്പോ സംശയം തോന്നുന്നു ബഹീമത്തിന്റെ തമ്മീസ് വളരെ കുറവാണ് എന്നിരുന്നാലും തഹത്തച് ആക്സിഡന്റ് അതെന്താക്കുന്നതിന് ആദരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആന അവിടെ മരം പിരിക്കട എന്ന് പറഞ്ഞാൽ ആ ആന വഹിപ്പെടുന്നത് കൽപ്പിക്കുന്ന ആക്ടൈപ്പോ എന്നുള്ളതാണ് തമ്മീസ് ഇല്ലായ്ച്ചും കൂടി വൈപ്പെടാൻ കഴിയാറുണ്ട് ശക്തി കൂടിയ സാധനം വാശദ് നറാവത്തൻ അതുപോലെ മറ്റുള്ളതിനെ അക്രമിച്ച് കീഴടക്കുന്ന സ്വഭാവമുണ്ടല്ലോ ഒരു സിംഹത്തിനെടുക്ക വാക്കുവാഹ തത്വത്തൻ മറ്റുള്ളതിനൊക്കെ അടിച്ചമർത്തുന്ന വിഷയത്തെ ഏറ്റവും ശക്തവാനായ ഒരു വഹിമ തീർക്ക് ഇത് ആ സൂറത്തിൽ നിൽക്കാൻ മനുഷ്യന്റെ സൂറത്ത് കണ്ടാൽ തന്നെ ഹെക്കറ്റ മഹു അതിന് പേടി തോന്നും വഹാബഹു അന്താ കാരണംഹി അതിലൊരു ഷൊറൂറുണ്ട് വിത്തിയില ഈ അലൈഹി ഈ കാണുന്ന മനുഷ്യനെന്താക്കീഴടക്കി കളിയെന്നൊരു ഗോളിയേറ്റും ഇതെന്നെ പിടിച്ചൊതുക്കും അങ്ങനെ ഒതുക്കലെങ്കിൽ മനുഷ്യനാക്കണ തടിയുണ്ട് മനുഷ്യനിക്കിതിനാകണ തടി കുറവല്ല ശക്തിയും കുറവല്ല പക്ഷെ ഇതിന്റെ തടിയും ശക്തിയും എല്ലാം ഒതുക്കി തളയാനാവശ്യമായ ബുദ്ധിശക്തി ആരത്തിന് മനുഷ്യന്റെ ഗെയിമിലുണ്ട് വാങ്ങിച്ചൊരു ചെറിയ നൂലാണ്ട് എന്തായാലും അതെന്താ മൃഗത്തിനെങ്ങനെ പിടിച്ചൊതുച്ചു തുടങ്ങി അതാ അതെന്താ ഹിയൽ ഈ മൃഗത്തിനെ പോലും പിടിച്ചൊതുക്കാനുള്ള ഹീനതതാണ് ആ ഹീലത്ത് തിരിയാൻ ആവശ്യമായ ഒരു പ്രത്യേകത ആരിലുണ്ട് മനുഷ്യനിലുണ്ട് ആ സാധനം മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്നിക്കിൽ നമ്മൾ കാണുമ്പോൾ അത് ഓടുന്നു അല്ല നമ്മളെ കെമ കിട്ടിയ വർന്ന പോലെ കേൾക്കുന്നുണ്ട് വലിതാലിക കാല തള്ളാൽ വസം കൌമിഹി കന്നബി ഹി ഉമ്മി എന്നൊരു ഹദീസുണ്ട് ഒരു കൌമിനി ഒരു വലിയൊരു ചേഖ് പ്രായമുള്ള ആള് ഇവിടെ ശേഷെന്ന് പറഞ്ഞാൽ തെരീത്തത്തിന്റെ ജേഹല്ല പ്രായമുള്ള ആളെന്നാണ് അവരെ സ്ഥാനം എന്ത് പറയാണ് ഒരു ഉമ്മത്തിൽ ലഭി ഉണ്ടാവുന്ന സ്ഥാനത്താണ് ഈ സ്റ്റേഷൻ ലഭിയാണല്ലർത്ഥം ഇവർക്ക് കുറേ അനുഭവ സ്ഥാനങ്ങളും പരിജ്ഞാനങ്ങളും കാരണത്താൽ ബുദ്ധിശക്തി വർദ്ധിച്ചിട്ടുണ്ടാവും അതിന് കാരണം പറഞ്ഞതാ അപ്പൊ ഉമ്മത്തിന് വേണ്ട നിർദ്ദേശം ലഭിച്ചു കൊടുക്കാൻ കഴിയുമ്പോൾ ഈ ഗവൺമെന്റ് ആവശ്യമായ നിർദ്ദേശങ്ങളായിരിക്കും പരിജ്ഞാനക്കാരനായ ഈ വയസ്സിലാക്കുകയും വലയിച്ചതായിരിക്കാം ഈ ഷെയ്ഖ് കൌമിന് നബിനെപ്പോലായത് കൊണ്ടാണ് കസറത്തി മാലി മുതലധികരിച്ച വകയിലും അല്ല വലാലി ചബരി ശക്തിഹി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തടിച്ച് വണ്ണം കൂടിയോണ്ടും അല്ല വലാൽ ജീയാതെറ്റ് കൂവത്തിഹി അല്ല ബാലക്കാരപേക്ഷിച്ച് ശക്തി ശരീരത്തിന്റെ ശക്തിയുണ്ട് എന്നതുമല്ല ചിലപ്പം ശരീരത്തിന്റെ വലഹീനതീക്കുണ്ടല്ല മാലിവാൽ പിന്നെന്താ അതിജീയാതത്തെ തജിരി പത്തിനത്തിവ സമ്പ്രദ്ധ ആക്കുകയും അദ്ദേഹത്തിന്റെ അഖിലിന്റെ ഫലമായി ഉണ്ടായ കുറെ അനുഭവജ്ഞാനങ്ങൾ അദ്ദേഹത്തിനുണ്ട് മത്സ്യാനും കണ്ടും കേട്ടും അറിഞ്ഞിട്ടും പഠിച്ചു വച്ചിട്ടുണ്ട് അത് ചെറുപ്പക്കാർക്ക് പറഞ്ഞിടത്ത ചിലപ്പോൾ അത്ര സൂല വലുതാലിക്ക തറൽ ലക്കറാക്ക അജലാഫലറി അതുപോലെ തൂർക്കുകൾ കുറുതുകൾ അതുപോലെ അറബികളിൽ നിന്ന് ഈ സംസ്കാരം തേടിയിട്ടില്ലാത്ത ഒരു മലപ്രദേശൊക്കെ താമസിക്കുന്ന ആളുണ്ടല്ലോ അജലാഫുൽ അറബി തായിർ ഉൾ ഏതാണ്ട് മഴ കുറുബി മത്സരത്തിനും ഈ കുട്ടത്തിൽ ബഹായും അവർക്ക് വലിയ വിദ്യാഭ്യാസ സംസ്കാരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മഹീമത്തിനൂടെ ഏകദേശം അടുത്തിട്ടുണ്ട് മഹീമത്തിന്റെ മർത്തബ്യലല്ലേ ഇപ്പൊ നിന്നത്തെ മോദിച്ച ആളുകളും കാണില്ല ഏതാണ്ട് ഏതാണ്ട് മഹീമത്തിന് സ്വാഭാവിക തന്നെയാണല്ലോ അപ്പുറം ഇപ്പൊ നാളെ കാണുന്നുണ്ട് ഇതൽ ചീടുമ്പോൾ കാണുന്നുണ്ടെന്നല്ല ഒന്നുമില്ലല്ലീറോ മറ്റായ പക്ഷേ ഓർക്ക് കുറച്ച് ബയക്കുമ്പോഴെ കാണുമ്പോ ഒരു ആദരവ് അവർക്ക് ഭിക്തമായി തോന്നുന്നുണ്ട് അവർക്ക് കിട്ടാവുതി പഠിച്ചൊന്നുമല്ല അദ്ദേഹത്തെ ഇതുപോലെ നേരത്തെ ബഹീമത്ത് ആരെ പോലിച്ചിട്ടുണ്ട് മനുഷ്യന്മാരെ പോലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ വാങ്ങിന്റെ അത് വലിതാനിച്ച ഇതുകൊണ്ടാണ് ഹീന കസത കിരൽ അതിക്രമികളായ പല ആളുകളും ലക്ഷ്യം വെച്ചു ഇതിന് കത്തിൽ റസൂരില്ലാഹി തൊന്ന അരീവൻ നമ്മളെ കൊല്ലണമെന്നും ഫലമ്മ വക്കത്ത് അയിനുഹും അലൈഹി അവരുടെ കണ്ണ് തങ്ങളിൽ പതിഞ്ഞരേയുള്ളൂ പതിമകല്ലെന്താക്കിയവർക്ക് പേറി തോന്നിട്ട് ഇത് കൊല്ലാൻ വെച്ച ആളല്ല നമുക്ക് അങ്ങ് തോന്നിയിട്ടുണ്ട് ഇങ്ങനത്തെ ഇത്ര നല്ല ആടെ കൊല്ലാതെ അല്ല വക്കലോബിറത്തിൽ മുഖം കണ്ടവടെ കണ്ണു കുളിർത്തപ്പോള് ആ ബോഹോ അവർക്കൊക്കെ തങ്ങളെ പേടിയും ദീപാജത്തി വധിഹീമി നൂറുണ്ണപൂ തങ്ങളെ നെറ്റിയുടെ മുഖത്തിന്റെ ദീപാജം എന്ന് പറഞ്ഞാൽ ഈ നെറ്റി തന്നെ പറയാ അതിന് നൂറുണ്ണപൂവത്ത് തിളങ്ങുന്നത് ഓർക്ക് ഏകദേശം കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നെറ്റി തട കണ്ടാലേ സാധാരണ ആളെല്ലാം പക്ഷെ വൈകാനതാലിക്ക ബാത്തിനും തി പക്ഷേ നൂറൊണ്ടു ശരിക്കും എന്ന ബാത്തിനാണല്ലോ ശരീരത്തിൽ കാണണ്ടല്ലല്ലോ എങ്ങനെ ബുത്തൂർ അല്ല അക്കൽ അക്കലി പറഞ്ഞു കിടക്കുന്നത് പോലെ തന്നെ നൂറൊണ്ടമ്പത്തും മറിഞ്ഞുകിടക്കിയാണ് നോക്ക് അപ്പൊ ഷറഫല്ല അക്കലി അപ്പൊ അഖിലിന്റെ ഷറഫ് മാ ഇതൊരക്കുള്ളൂറ അതിന് ശറഫുണ്ട് എന്ന് എന്താക്കണ്ട കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കുന്നു പണ്ടല്ല അറൂറത്തു കൊണ്ട് തന്നെ അഖിലിന് ശെറഫുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാ പിന്നെ ഇത്രയും വെറുതെ ഇരിക്കുന്നൊരു ബാബിനെ ചിറപ്പില്ലാത്ത നിങ്ങളതിനെ വാബ് കെട്ടിയത് പറണ്ടാവശ്യമില്ലാന്ന് പറയുക പിന്നെതിനെ ബാബു കണ്ടെന്ന് വൈന്നമൽ കസ്തുഅഅ അന്യൂരിതമാണ് വറുതക്കു തീർന്ന അഖബാറു വല്ല ആയാത്തീലിക്കത് ചിറത്തി പക്ഷേ നമ്മളെ ലക്ഷ്യം അതിന് ഞായത്തുകളും ഹദീസുകളും വന്നിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ നമ്മള് ലക്ഷ്യം ചിറപ്പുണ്ട് എന്ന് പറഞ്ഞു വാപ്പ് കിട്ടേണ്ട ആവശ്യമില്ല ആയതെന്താഹുൽ എന്ന ആയത്തിന് ഈ അക്കലിനെ സംബന്ധിച്ച് അള്ളാഹു താല നൂറ് എന്നാണ് അതിനെപ്പറ്റി പാർട്ടിട്ടത് അല്ല അള്ളാഹു നൂറുസമാവാത്തി വൽ മസലൂരിഹി എന്ന് തുടങ്ങുന്നെ അവിടെ നൂറ് പറഞ്ഞത് അള്ളാഹുനൂറും തന്നെ ആനൂറിനെ പറ്റി എന്താണ് ഇത് ഈ ഉപമയിലും മൊത്തത്തിൽ എന്താണ് മസല വിസ്വാഹൻ അൽ വിസ്വാഹം ചെയ്ത് അങ്ങനെ പറഞ്ഞു പോയി നൂറൻ അലാനൂറിന് ആ ലാസ്റ്റോട് സമാപിക്കുന്നു ഒരു നൂറിന്റെ മേലെ മറ്റൊരു നൂറ് വന്നു നേരത്തെ ഉള്ള നൂറ് ഏതാണ് അച്ഛലന്റെ നൂറ് അതിന്റെ മേലെ ശരീരത്തിന്റെ ദൈവത്താകുന്ന നൂറ് പേറേയും വന്നു അപ്പൊ നൂറിൻ അലാനൂറായി നൂറൻന്ന് പറഞ്ഞ ഇപ്പം വന്ന നൂറ് അലാനൂറ് നേരത്തെ അക്കലിനുള്ള നൂറ് അപ്പൊ ബുദ്ധിജീവികൾക്ക് എന്ത് കിട്ടി ഇസ്ലാമിന്റെ താരമാകുന്ന നൂറ് പേറേയും കിട്ടിയു അപ്പൊ രണ്ട് നൂറ് ഒരുമിച്ച് അള്ളാഹുനൂർമാറല്ല ഉദ്ദേശിക്കുന്നു ഇനി മറ്റൊരിടത്ത് വസുമ്മിയൽമു അല്ലാതെ സമ്മ സമ്മാഹുനപ്പുറം ഫായി പറഞ്ഞപ്പോ സമ്മ തന്നെ വഹിക്കാല്ല വസമ്മൽമൽ മുസ്തഫാദ് അക്കലിനാൽ ഉണ്ടാക്കി തീർക്കുന്ന വലം ചിന്തിക്കുന്നതാണ് ഇൽമല്ലെ ആ ഇൽമിനെ പറ്റി അള്ളാഹുത്താണ് പ്രയോഗിച്ചത് റൂഹെ എന്നും വഹയ്യ എന്നും ഹയാത്ത് എന്നും പ്രയോഗിച്ചിട്ടുണ്ട് മൂന്ന് തലങ്ങളിലേക്ക് എലിമെന്റി ഒരു പ്രയോഗം വഹൈ മറ്റൊര സ്ഥലത്ത് വഹൈ മറ്റൊര സ്ഥലത്ത് ഹയാത്ത് അപ്പോൾ ആകെ നാലായി പോ ആകെ 100 അടക്കം 100 ആണ് അതിൽ അഖലത്ത ആഖിലത്തിൽ നിന്ന് കിട്ടുന്ന ഇ Ilmuനെ വഹൈ വഹൈ ഹയാത്ത് അവ സമറാത്തിനെ മൂന്ന് വീര നോക്കതഹല വകദാലിക ഔഹൈനാ ഇദൈക റൂഹമ് മിൻ അംരിനാ ഇലന്തട നമ്മൾ അംരിൽ നിന്നുള്ള ഒരു റോഹിനെ തങ്ങളിലേക്ക് വഹിയ അറിയിച്ചു എന്ന് പറഞ്ഞ ആ റോഹിതാണ് ഇൽമൻ ഒരു പ്രത്യേക തരത്തിലുള്ള ഇൽമ എന്നാണ് റോഹിൻ അതാണല്ലോ വഹിയ അറിയിക്കപ്പെട്ട സാധനം ഔഹൈനാന്റെ വസ്മല്ലേതുല്ലാണ്ട് റോഹിനെ വഹിക അറിയിച്ചു എന്ന് പറഞ്ഞ റോഹി എന്നുള്ള ജൗഹർ ആണെങ്കിൽ ആ ജൗഹറിനെ വഹി അറിയിക്കില്ലല്ല കല്യേക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആദർശത്തിനെല്ലേ പറയലേറും വഹിയ അറിയിക്കില്ല എന്റെ വസ്വിലാകാൻ പറ്റൂ പ്രത്യേകമായി ഇൽമ് അടക്കം ചെയ്യപ്പെട്ട ഒരു പ്രത്യേക ഇൽമുണ്ടല്ലോ ആ പക്ഷി ഇൽമല്ല വകാല സുബാനഹുാലമങ്ക മയ്യത്തായിരുന്ന ഒരാള് അയാളമ്മ ഹയാതാക്കി എന്ന് പറഞ്ഞ ജാഹിരായ മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് ഇൽമ് കൊടുത്ത ഹയാത്താക്കീന അർത്ഥം അല്ലാണ്ട് അയാൾ ആദ്യം മരിച്ചു കടന്ന് ഹയാത്താക്കീന്നോ പറഞ്ഞത് വദ അന്നാ ലഹു നൂറൻ യംസീ ബിഹി ഫിന്നാർ 100 അമവർക്ക് നൽગીട്ടുണ്ട് ആ 100 അമവർ ജനങ്ങൾ ഇടയിൽ നടക്കുന്നു എന്ന് അരണ ബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അവനെ കൊണ്ട് ഉപദേശിക്കപ്പെട്ടതിൻ്റെ തഫ്സീറിൽ ഉള്ളത് കമ മസലുഹു ഫിൽ മത് അഫറ പറയുന്നുണ്ട് എല്ലാ കാലത്തും രിസൽത്തുനെ കേഴിച്ചു കൊടുുന്നവൻ സമ്മമല്ലോ സമ്മിച്ചതല്ല എല്ലാ കാലത്തിടത്താര ഉള്ളത് അബൂ ജഹൽ അപ്പോൾ അബൂ ജഹലിൻ്റെ മുഖാബദ 20 ആയി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉപദേശിക്കപ്പെട്ടതിൻ്റെ അപ്പൊ ഇൽമില്ലാതെ കടക്കുന്ന അവസരത്തിൽ ഇൽമ കൊണ്ട് ഹയാത്താക്കി ഒരു പ്രത്യേക നൂറും കൊടുത്തിട്ട് ജനങ്ങളുടെ ഇടയിൽ അവർ നേതാവായിട്ട് ഇങ്ങനെ സിദ്ധിക്കായി നടക്കുന്നു പ്രതിയുള്ള അല്ല നൂറ് നുൽമത്ത എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറാദിൽ ജഹിലാണ് അവൾ ഉദ്ദേശിക്കപ്പെടുന്നതെന്നാണ് നൂറ് ജഹൽ ദുർമാത്താണ് അതാ ദുർമാലൂർ നൂറട്ട اما साधारणা கரント 보면은 ಇರುತ್ತೆ ಎಲ್ಲಾ ಉತ್ಶಹಕನು وقال صلى الله عليه والهذ الحديث लेकर आर्तु وقال صلى الله عليه وسلم يا ايها الناس اكلوا الرزق بكم وتراثوا بالحقي تعريفوا ما امرتم به وما نهيتم عنه علموا انه وجدكم عند إن ربكم وألموا أن الآكل من نطاع الله وإن كان دليماً منذر حقيقة الخطر دليل المنزلة بثل هيئة وأن الجاهل من نص الله تعالى وإن كان جميل المنظر أظيم الخطر شريف المنزلة حسن الهيئة ففيهاً ألا نطوكاً فالقذرة والخنازر أعكل عند الله تعالى ممن نصاه ും നദീ തവണുഹന്ന ജനങ്ങൾക്കിലൂ നിങ്ങൾ അക്കില കൊണ്ട് ഗ്രഹിക്കുക എന്നത് അക്കലുപയോഗിച്ചിട്ട് ഗ്രഹിക്കണം എന്തിനിക്കും നിങ്ങൾ റബിനൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം അക്കല കൊണ്ട് ഗ്രഹിക്കണം ചെവികൊണ്ട് പേരീലേക്കൂടി ചോർന്നുകൊണ്ട് പരിപാടിയാണ് മാണികയിലൊക്കെ ചോർന്നുകൊണ്ട് വളർത്തുക എന്ന് പറയുന്ന ഒരു അടിയാവും അക്കല വർക്ക് ിൽ അക്കല് കൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിയിട്ടും പറയുക എന്ന് പറഞ്ഞാൽ അക്കുൽ ശരിക്കും ഉപയോഗപ്പെടുത്തണം ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പണിയെടുക്കണം എന്നെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിയിട്ട് വരണമെന്ന് പറഞ്ഞു ബുദ്ധി ഉപയോഗപ്പെടുത്തണം അന്നേരാണ് താരിഫു മാ ഉമിർത്തും ബി നിങ്ങളോട് എന്തെല്ലാം കാര്യങ്ങൾ കൽപ്പിക്കപ്പെട്ടോ അതെല്ലാം അറിയാം ആ നേരത്തം അതോടൊപ്പം വമാൻ നിങ്ങൾ എന്നിട്ട് തൊട്ടെല്ലാം ആ കാര്യം തിരിയിലും വാനമു അന്നഹു യുൻദിദുക്കും മിൻ റബ്ബിക്കും ആ പ്രവർത്തനം റബ്ബിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഉപകാരത്തിൽ എത്തൂ എന്നാണ്. നിങ്ങളെ രക്ഷിക്കത്തൂ. അലം വാനമു അന്നല്ലാകിന മന്നഫാ അല്ലാഹു തആല ആഖിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹു തആലയ്ക്ക് വിളപ്പെടുന്നവനാണ്. വയിഖാന ദമീമൽ മൻദി കാഇദക ദിഗ്ർദ രൂപമുള്ളവൻ ആയാലും ശരി ൽ ഹരി സ്ഥാനമാനങ്ങൾ വളരെ നിസാരമാണോ എനിക്ക് അതിനെപ്പറ്റി വലിയ ഗോരവമായി ചാലും എടുക്കുന്നില്ല ധനികൽ മന്തിൽ എത്തി അതുപോലെ സ്ഥാനമാണെങ്കിൽ വളരെ താഴ്ന്ന പടി പിഞ്ഞൂടുന്ന ആളാണ് വസ്ത്രം എത്തി കോലങ്ങളിലാണെങ്കിലോ ഈങ്ങി ചടച്ചു കൂട്ടിയിട്ടുണ്ട് ഒരു മൂല്യം ആഡംബരമുള്ള വസ്ത്രം മേഖല ധരിക്കാനില്ല ഇതൊക്കെയാണ് നാഹുണ്ടെങ്കിലും അള്ളാഹു ആളാണെങ്കിൽ ലാഖ് അയാൾ തന്നെയാണ് ഫസർച്ച ഗൗരവം അതയാളെ കാര്യമെന്നല്ലേ പറഞ്ഞു നല്ല കാര്യഗൌരവം വന്നൽ ജാഹിലാരാണ് മൻ അള്ളാഹുലാക്ക് കുത്തകട പാട്ടുന്ന ആളാണ് കാണാൻ വൈകാല ജമീൽ അൽ മന്നർ നല്ല ജമീലാണ് ആള് ഹസീമുൽ ഹസറാണ് ഏ ഷരീഫുൽ മൻസിലത്താണ് ഹസലുൽ ഹൈ ഫസീഹൻ നല്ല വാചാലും നല്ല സ്ഫമായി സംസാരിക്കാൻ കഴിയുന്ന ആളാണ് ബുക്കുകളൊന്നുമില്ല നസൂഖൻ നന്നായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു ഈ യോഗ്യതകളക്കുണ്ട് പക്ഷെ ആള് കുറ്റം കെട്ടോളാണെങ്കിൽ ഓ ജാഹിന് തന്നെയാന്നാണ് വൽക്കിടതും ഹനാജീറു നായ അല്ല മറ്റേ പന്നി അതുപോലെ കൊരങ്ങ് മുതലായ വഴക്കലും ഇന്തം വാഹിക്കാന അന്നാൻ അടുക്കൽ അവർ കുറെ ബുദ്ധിജീവികളാണ് ആരേക്കാൻ ഇമൻ നെസാഹു കുറ്റക്കെട്ടുന്ന മുഞ്ചിനെ കാണാം കാണാം ഇങ്ങനത്തെ കുറ്റങ്ങൾ ഓ ജീവിതത്തിലല്ലോ എന്നാ പിന്നെ ഓനിക്ക് വലിയ പോരിശിയും മാലയും കാറും പഡിയെല്ലാം കാണുന്നുണ്ടല്ല നിങ്ങളെ ആൾ വരുന്ന ലക്ഷം ലക്ഷം എല്ലാം വരുന്നുണ്ടല്ലോ ഇടുന്നല്ലോ പൊട്ടി കീണുണ്ടല്ലോ ദുഞ്ഞാവിന്റെ ഹലിക്കാർ ഓറെ പോലിച്ചാക്കുന്ന കണ്ടിട്ടുണ്ട് ഈ തോറ്റു മോന്നും പണ്ടെന്നാണ് ഓനിക്കൂർ പോലീസ് കിട്ടണ്ടേ ദുഞ്ഞാവിന്റെ കൊറേ പോറ്റക്കാർക്ക് ഇങ്ങനെ പോലിച്ചാക്കുന്നുണ്ടോ ആ പോലിച്ചാക്കുന്ന കണ്ടിട്ടു ഈ തൊറ്റൊന്നും പണ്ടോയും ുംവലുമലക്കം ആദ്യമായി അമ്വാഹുതാല സൃഷ്ടിച്ചത് അഖിൽ നിയാകുന്നു പറഞ്ഞു അഖിലിനോട് അമ്മാഹുതാല പറഞ്ഞു അക്ബീർ തുമ്മക്കാല ലഹു അത് ബീർ പോന്ന് പറഞ്ഞപ്പോൾ പോകുന്നു അപ്പൊ ചുരുക്കത്തിൽ ഒരു കൽപ്പനക്കിപ്പോ ടൂണായി ഇതല്ലേ സുമ്മിൻ എന്റെ യുദ്ധത്തിനെ തന്നെയാ സത്യം എന്റെ ജലാലിനെ തന്നെയാണ് സത്യം എന്റെ അടുക്കൽ നിന്നേക്കാൾ ചെറുപ്പാക്കപ്പെട്ട സാധനം പഠിച്ചിട്ടില്ലെന്ന് തീമു വബിക്കു നീ മുഖേനയാണ് ഞാൻ വാങ്ങുന്നതും കൊടുക്കുന്നതും പ്രതിഫലം കൊടുക്കുന്നതും ശിക്ഷ നൽകുന്നതൊക്കെ അച്ഛനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണെന്ന് അർത്ഥം വേർമുക്കല്ലത്തിന് ഒന്നും ഉണ്ടാവില്ല തക്ലീഫിന് ആക്കലാണല്ലോ അന്ന ചോദിക്കുക ഈ അക്കല് എന്നുള്ളത് ഏ പറയുന്ന കാര്യം കേട്ടാലും പോകാനും മറ്റൊക്കെ ചെയ്യുന്ന സാധനം ആണെങ്കിൽ ഇത് ഇത് ജൗഹറോ സാധനം അരന്ന് അരന്നെങ്കിൽ ഞാൻ അത് പറയുന്നൊക്കെ ഇനി ഇപ്പോൾ പോക്കും വരുമ്പോന്ന് വരുന്നു അയാതും ചിന്തിക്കേണ്ടത് ഞമ്മുടെ കുതിരത്ത് അരുളിനോട് ബന്ധപ്പെടാതെ നമ്മുടെ മാത്ര കുതിരത്തായത് കൊണ്ടാണ് അള്ളാഹുവിന്റെ കുതിരത്ത് എന്താ മാനിയോട് ബന്ധപ്പെടും മുകിനാഥിനും എല്ലാത്തിലും ബന്ധപ്പെടും എന്ന് അത് മനസ്സിലാക്കിയാൽ മതിയല്ലോ അതുകൊണ്ടല്ലേ റഹമന്ധത്തിന് അള്ളാഹുത്താല പഠിച്ചിട്ട് നീ ചോദിച്ചു ചോദിച്ചോന്നെല്ലാം പതില്ലേ മഹാദാമക്കാമിലായത് കത്തി ആ ആ എന്നിട്ട് നിന്നാരോ ചേർത്തോ ഞാനോളെ ചേർക്കും നിന്നാരോ മുറിച്ചോ ഞാനവനകറ്റും എന്ന് പറഞ്ഞ് സമാധാനിച്ചു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അതൊരു അള്ളാന്റെ കുതിരത്തെ അവന്റെ മക്കലൂഖാത്തിനുള്ള എല്ലാത്തിനും അസുദാവും ജവഹർ ആക്കണ്ട അറള എന്ന് അഖിലായെന്ന്റക്കണ്ട കൈബ് അഖിലാൻ തെർക്കില്ല ഫഹാദ് ആദ്യമായി പടച്ച സാധനം എന്ന് പറഞ്ഞ അഖിലുണ്ടല്ലോ ഇൻസാന അറളൻ അത് അറളാണോ ജവഹർ ആണോ ചോദ്യം അറളാണോ കൈപ്പ സ് കഥക്കപിഅ അതിസാമ് പടക്കുന്നതിനുമ്പെങ്ങനെ അറൾ പഠിച്ചു എന്ന ചോദ്യം അയാൾക്കാനുള്ള ഈ മഴകൂന്നാദ്യം പടക്കണ്ടേ വൈകാന ജൗഹരൻ അല്ല ജൌഹരാണോ പക്കായിഫക്കോ ജൗഹറൻ കാഞ്ഞുബീൻ മലായ തഹ്യതു അതിങ്ങനെ ചോദ്യമല്ല കാരണം ഗോഹലില്ലേ ഗൂഹ ജൗഹറാണല്ലോ പക്ഷെ സഹയ്യതിലല്ല മലായിക്കട്ട് ജൗഹരല്ലേ സഹയദിലല്ല ആദ്യത്തെ വേണമെങ്കിൽ എന്താക്കും അത്രയും ഇഷ്ടം ഉണ്ടാക്കാം അറളാണെങ്കിൽ മലറൂന്നാകുന്ന ദത്തില്ലാതെ കണ്ടെങ്ങനെ അഹ്ലാദ്യം പുറത്തപ്പെട്ടു എന്നൊരു ചോദ്യം മറ്റേതാമോ രണ്ടാമത്തെ ചോദ്യത്തിന് തഹജീസ് ഇല്ലാത്ത കായ്മിനസ്തായ ജൗഹർ ഇങ്ങനെ ഉണ്ടാവുക ചെയ്യുന്നുണ്ടല്ലോ മലായിക്കത്ത് നിസന്നാത്ത എല്ലാം ഇപ്പൊ തന്നെയാണുണ്ടോ ഫാനം അതിന് മറുപടി അന്നഹിമിൽ മുക്കാശഫ അത് എൽമിൽ മുക്കാശഫ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഏ ഫല എഴുതിയപ്പോൾ തിക്കുരുഹോദി എൽമിൽ മാമില്ല അത് പറയേണ്ട ആവശ്യമൊന്നുമില്ലാന്ന് അത് വേറെ പഠിച്ചോന്നുമല്ല ചില വിഷയങ്ങൾ എനുമ്പിൽ മുഹാമലയിൽപ്പെട്ടതാണ് അത് കേട്ടിട്ട് അമൽ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഒരു കോളുണ്ടാക്കി മറ്റെല്ലാം അറിഞ്ഞേക്കാനേലും ഉണ്ടോ ഇപ്പൊ കറവുരൻ ആനധിക്കലും ഒനുമ്പിൽ മുഹാമല ഇവിടെ നമ്മളെ ചർച്ച ഉദ്ദേശം എന്താണെന്ന് എനുമ്പിൽ മുഹാമല അതുകൊണ്ട് ഇപ്പം മറുപടി പറയില്ലാന്ന അത് വേറെ പൊടിവശം ോ അണീ വടുക്കളി വെച്ചിട്ട് ഒരാളെ പറ്റി കോമി നിങ്ങൾ വളരെ സ്തുതിച്ചു പറഞ്ഞു ഹത്താ ബാലകു എത്ര പറഞ്ഞങ്ങട്ട് പ്രകഴ്ചി തങ്ങളുടെ ഏതൊക്കെ മോപ്പറ്റി പറയും പോലെ അങ്ങോട്ടങ്ങോട്ട് പറഞ്ഞോളഞ്ഞു തൊക്കാലോ അങ്ങ് അടി വെച്ചെല്ലാം പറഞ്ഞു എല്ലാടും നിക്കട്ടെ കൈസ അസലു പ്രജലി നിങ്ങൾ കൊറേ പുകഴ്ചയല്ല അദ്ദേഹത്തിന്റെ ആക്സിഡന്റ് സ്ഥിതി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു ഫഖാലു അപ്പം പറഞ്ഞതിനെ അക്കല്ലത്തെ പറ്റിയല്ല നമ്മൾ ചർച്ച ചെയ്തേ. മുഖ്തിറുക്കൻ ജിതിഹാദി ഫിൽ ഇബാദതി വഅസ്നാത്തുൽ ഖൈരി. അബ്ദഹദീൻ ഇബാദത്തിൽ ഉള്ള യതിഹാദും പല തരത്തിലുള്ള ഖൈർനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത്. വതഅ്ദുന അൻ നഖബിഹി തന്ന നമ്മൾ ചോദിക്കുന്നത് അക്കല്ലനെ കുറിച്ചല്ലേ? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ മക യൂസീബ ബി ജദീഹി അക്തറ. കണ്ടോ? അഹമ്മക ഔരി വദിച്ചൻ അക്കല്ല ഇല്ലാദ ഹംകായ മനുഷ്യൻ ഉണ്ടല്ലോ. കൊണ്ടുണ്ടാക്കുന്ന റിയാൾ കുറെ ഉണ്ടാക്കും അക്കിത്തറ മീം ഫുജൂർ ഫാജിർ ഫാജിറുണ്ട് ഫുജൂറിന്റെ ഫുജൂറിനാക്കാണ് അക്കിത്തറായ ഫലതു വൈന്നമായ എർത്തീൻ തുടക്കം പടപ്പുകള് ക്യാമസ നാളിനെ അള്ളാഹുവിനെ കൊള്ള ഉന്നതമായ ദർജയിൽ ഉയരൻ അഖിലിന്റെ കതിലും ചിരിച്ചത് അപ്പൊ ഇയാൾ കുറെ ലാഹിര് ചെയ്തുകൂട്ടി എന്ന് പറഞ്ഞിട്ട് ചോദിക്കപ്പെടാനായിട്ടില്ല എന്നെ മനസ്സിലാക്കി കൊള്ളണം അള്ളാഹാല ക്രിസ്മസ് അനുസരിച്ച് ചേച്ചിട്ടും കുറച്ചും കൊടുത്തത് ആണ് അടുത്ത് വരുന്നെന്തെങ്കിലും ചർച്ച കംപ്ലീറ്റ് വരുന്നുണ്ട് രവീസമ്മിൽ പോലാ മറ്റുള്ളവരുടെ അക്കല് അക്കലേറ്റ കുറച്ചില് അതിനനുസരിച്ച് ചിരുമില്ലാ സാധകളും വ്യത്യാസം ഉണ്ടാവും ും കരസ്ഥമാക്കിയിട്ടില്ല സമ്മതിച്ചു വിട്ടാന്നറി മിസിനി അക്കലിൻ ആക്സിഡന്റ് ശ്രേഷ്ഠത പോലെ മറ്റൊരു ശ്രേഷ്ഠത ഒരു മനുഷ്യന് കരകടമാക്കാനില്ലെന്നറി എങ്ങാഹിബു ഇലാ ആ അക്സിഡന്റ് സാഹിബിനെ അത് ഹിലാസിലാക്കുന്ന കുതയിലേക്ക് വഴി ഇവിടെ ഈ അക്കലോണ്ടുദ്ദേശിക്കുന്ന വേറെന്തെങ്കിലും കണ്ടുപിടുത്തുണ്ടാക്കുകയാണ് മൊബൈൽ ഫോൺ ഉണ്ടാക്കാനുള്ള കണ്ടുപിടുത്തുണ്ടാക്കുന്ന അച്ചലിനെ പറ്റി എല്ലാവരും ചർച്ച ചെയ്യുന്നത് അത്തരക്കൽ വേറെ അതിൻ്റെ പറ്റി ബന്ധപ്പെട്ട വേറൊരു ഇല്ല അവർ അർത്ഥത്തിനില്ലേ പറഞ്ഞു അവനിക്ക് കരകരമായി എന്ന അർത്ഥത്തിൽ നിശ്ചി സാധകയും മുജാഹദ കൊണ്ട് ഇത് നൂറാണി സമർപ്പിക്കാൻ കഴിയുന്നു അതിനു അതായത് അതായത് കോറച്ചു കൂട്ടാന്നല്ലാണ്ട് കോറച്ച് കൂട്ടാൻ കഴിയില്ല അതായത് ഹിജാബ് കഴിച്ചാല് തെളിഞ്ഞുപിടും വയറു ദുഃഖ അപകടകരമായ കാര്യങ്ങളെക്കൊണ്ട് അവരെന്താക്കും അത് കത്തി മാറ്റുന്നുണ്ട് അങ്ങനത്തെ ഒരക്കിന് ആ അച്ഛലിന്റെ പകലിനേക്കാണ് ഒരു സമ്പാദ്യം ഒരു മനുഷ്യന് കിട്ടാനില്ലാണ് ഒമാനു അകുദീൻ അകുതിന്റെ പൂർത്തിയാകൂല വലത്തക്കാമ ദീനുഹു അപ്പൊ രാജ്യമില്ല പൂർത്തിയാകാത്ത കാലത്തോളം അതുകൊണ്ടല്ല ദീനന്റെ കണി മുഴുവൻ കൊടുക്കുന്ന അച്ഛൻ്റെ കൊണ്ടാമ്മല്ല കൊടുക്കുന്നു ഒരു മനുഷ്യൻ അവന്റെ നല്ല സ്വഭാവം കാരണത്താല് പാവിന് നോമ്പുനോറ്റവന്റെയും രാത്രി എന്ന് നമസ്കരിച്ചവന്റെയും ദറജന വ്യക്തമാക്കാൻ കഴിയുന്നു അല്ലേ അപ്പോൾ ഹെസ്സിൽ കൊടുക്കുകൊണ്ടാണ് കിട്ടിയത് ഹസ്സുൾക്കുക്കുണ്ടാണെങ്കിൽ എന്താ വേണ്ടത് നല്ല അഖില് ശരിയാണ് വലായുറ്റം മൂലത്തിലും ഹെസ്വനു കൊടുക്കു ഹീയാത്ര യത്തിമ അക്കുരൂഹു അഖില് പൂർത്തിയാവാത്ത കാലത്തോളം ഹസ്വനുകൾക്കൊടുക്കും പൂർത്തിയാകൂല അന ഫൈൻദ ദാലിക തമ്മൈ ഇമാനുഹു ആ വസറതലാന ഇമാൻ തമാഗദ മുമ്പ വദാ തമ്മൈ ഇമാനു അബദി ഹത്താ അയക്കും നഖുറുഹു നിം പറഞ്ഞിട്ടുള്ളൂ ഇമാൻ പൂർത്തിയാകും വാത റബ്ബഹു റബ്ബിന വയ്പടും വാത അദും വഹ ഇബ്ലീസിനോ മോനെരെ വിരുദ്ധമായി പ്രവർത്തിക്കും ജീ വാ നബീ സഈദ് അൽ ഖുദരി റവിയല്ലാഹു അൻ ഖാല ഖാന റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലികുന്നി സഈദൻ ദആമ വദാ അമാതുൽ മുഅ്മിനി അഖുലുഹുന ഏതൊക്കെ സാധനത്തിനും താങ്ങി നിൽക്കുന്ന പൂ നിന്നു ഒരു ചില്ലറ് നോക്കാം ഒരു മോമനെ സംബന്ധിച്ചിടത്തോളം അവളെ താങ്ങി നിൽക്കുന്ന ചില്ലറേതാണ് പല അഖിലി തോടി ആ അക്കിലനുസരിച്ചായിരിക്കും വിവാദത്വം ഉണ്ടാകുക ആ സമയത്തും കൌരൽ കുറ്റവാളികൾ നരകത്തിൽ കടന്നാ പറയുന്ന വാക്കുകൾ നമ്മള് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നവരാണ് അമ്പിയ മുസ്ലിങ്ങൾ പറയുന്നത് കേൾക്കുന്നവരുമാണെങ്കിൽ ഇവിടെ കടക്കേണ്ടിയില്ല ലോൺ അപ്പൊ അച്ഛനില്ലാത്തത് കൊണ്ടാന്നുണ്ടായത് അമ്പ്യാ കണക്ക് അതിന് മനസ്സിലാക്കാൻ അമ്പ്യാ കണക്ക് അതിന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് തയ്യാറാവുന്നത് കേൾക്കാൻ തയ്യാറാവാൻ കൂടി ഇതായത് കിട്ടിയില്ല ഇതായാലത്ത് കിട്ടാത്തത് കൊണ്ട് അതിക്കിടന്നു അക്കലും സമൂഹം നമ്മുക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ ഗതികേട് വരവില്ലായിരുന്നല്ലോ ബുദ്ധിജീവികൾ ദുഞ്ഞാവിന്റെ ബുദ്ധി ഇവിടെ ഉദ്ദേശിക്കുന്ന ബുദ്ധിയതല്ലോ മിഞ്ഞാവിന്റെ ബുദ്ധിയുണ്ടല്ലോ മിഞ്ഞാക്ക് ഉണ്ടാക്കി സമ്പാദിക്കും കള്ളന്മാർക്ക് എത്ര ബുദ്ധിയുണ്ട് മറ്റേ ബേക്കുള്ളതിനൊക്കെ എത്ര മാത്രം ബുദ്ധി ചിലവാക്കണം ആരും അറിയാതെ ആക്കി നമുക്ക് ഇച്ചിലുണ്ട് ആ അക്കലിനെ പറ്റിയല്ല ചർച്ച അത് ഹീലെത്താണ് ശരിക്കും തന്നെ അക്കിലല്ല അങ്ങനെയാണെങ്കിൽ നീ ചെലതി വില കിട്ടുന്നില്ല അതിനാൽ നീ ആക്കിലാന്ന് വരേണ്ടി വന്നു കാസം കൂട് വിട്ടുന്നില്ലേ അത് ഹീഡെത്തുന്നതിന് വഹൻ അമറു റസൂലുള്ളാഹി അനോവ ലഹോ ഖാല തമീൻ ഇദാ ദിയോതുകൊൾ പറന്നു മസ്ഊദ ദഫീക്കും എന്നു ചോദിച്ചു നിങ്ങൾ ഇതിന്റെ അഖലിൽ ഉണ്ടായിറ്റിരുന്ന കാര്യങ്ങളേക്കും ഇൽമഹികമ്മതരെ മാനക്കന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ ഇൽമൂണ്ടെ സമറത്താണ് പക്ഷേ ഇൽമഹികമ്മതനെ ചരിത്രത്തെ സംബന്ധമായി ഇതിമത്തെ ખાસതായിരിക്കും ഇൽമൂണ്ടെ ആംമോയിരിക്കും രണ്ട് സമരത്തുണ്ട് ഒന്ന് എൽമാകുന്ന ആമായ സമരത്തുണ്ട് ഹിറ്റുമത്താകുന്ന സാസായ സമരത്തുണ്ട് മൂതത് ഒരിക്കും എന്ന് ചോദിച്ചു നിങ്ങളെ കൂട്ടത്തിൽ ഈ സൂതത് എന്ന് പറഞ്ഞാൽ ചെയ്താകുന്ന ഒരു നേതൃത്വം എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥ ഉണ്ടല്ലോ സൂതത് കാല അല്ലാത്തൊരു അതിന്റെ ഒട്ടാക അതിന്റെ മനതണ്ണം നിൽക്കുന്നവർ ബാസ്സും പ്രാച്ചിന്റെ മോളല്ല ബുദ്ധിനെ മുകളാണെന്നും കാല തങ്ങൾ പറഞ്ഞ സത ചോദിച്ചിട്ടുണ്ട് അപ്പം പറഞ്ഞു എന്തുകൊണ്ട് സാൻസു റസൂലോട് ഞാൻ ഇച്ചാലും ചോദിച്ചിട്ടുണ്ട് കമാൽസു നിങ്ങളോട് ചോദിച്ച പോലെ ഞാൻ തങ്ങൾ ചോദിച്ചപ്പോ സഫാല തങ്ങള് പറഞ്ഞു കമാക്കുത്ത നീ പറഞ്ഞു ഇതിനെയും മറുപടി തന്നെയാണ് ഇത് പറഞ്ഞത് അപ്പൊ രണ്ടുമൂളത്തപ്പാ സു ثم قال في النبي صلى الله عليه وسلم தன்னबरोबर साहिब जिब्रील अलैहि तदा नमन जोदിച്ച मसूद तो फकरा हलकदो नबरोबर सदरती कि मोल लख्या जिब्रील ने हिजराम ने नेमन जोदിച്ച अप जिब्रील बरने वरगोडी देन व अनिल बराइब इब्न आदिल रियाकार व तो काल कतरतुल मसाहिल यवमन नला रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम तंगणोड പല തരത്തിലുള്ള ചോദ്യങ്ങളെ adipisicing വരോദൻ തോണിക്കാനേ ചോദിച്ച ചോദിച്ച ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾ തക്കാല തങ്ങൾ പറഞ്ഞ യഹയ് ഉന്ന ഇൻന ലികുല്ലി ഷൈഇൻ മതയ്യതൻ വമതയ്യതുൽ മർഇല്ലഖു വഹസ്നക്കും സലാത്തൻ വമാദിഫതൻ ബിൽ ഹുജ്ജതി അഫളലുക്കും അക്രാം അപ്പോൾത്തെ മരോടി പറഞ്ഞുതാണ് એટલે ഏതൊരു വസ്തുവെന്നോ ഒരു വാഹനമുണ്ട് മതയ്യ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തിൽ കേറ്റാനുള്ള വാഹനത്തിനെന്താണ് പറയ ഇതി മതയ്യ എന്ന് അപ്പോൾ നമ്മൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചോട്ടുള്ള വാക്ക് മതയ്യത അക്ല ആണ് അച്ഛനു കൊണ്ടാണ് ഏത് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വാഹനത്തിൽ വഹിക്കേണ്ടത് അച്ഛനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ദലാലത്തം അതുപോലെ മാരിഫത്താലും എന്തുകൊണ്ട് ഹിജ്ജത്ത് കൊണ്ടു ഹിജ്ജത്ത് എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിന്റെ വ്യക്തമായ തെളിവിനാണല്ലോ ഹിജ്ജത്ത് എന്ന് പറയുന്നു അനുശേജ്യമായ തെളിവ് ഹിജ്ജത്ത് മുർഹാൻ അതുകൊണ്ട് മാരിഫത്താലും മാരിഫത്ത് സ്വയം അറിയലാണ് അല്ലെ ദലാലത്താ എന്ന അവസരത്തിൽ ബാറാക്ക് പറഞ്ഞുകൊടുക്കലേ ഹിജ്ജത്ത് കൊണ്ട് അറിയിച്ചു കൊടുക്കലെ ദലാലത്ത് അപ്പൊ സ്വയം അറിവിനാരും മനസ്സിലാക്കൾ അറിയിച്ചു കൊടുക്കലിനാലും ഹജ്ജത്തായ കാര്യങ്ങളെക്കൊണ്ട് ഏറ്റവും മെച്ചമായ ആളാരാന്ന് അഫുതെടുക്കും അഖിലാൽ നിങ്ങളിൽ നിന്ന് അഫുതായ ആരാളും അവർക്ക് ഹൃജത്തുകൾ അറിയാനും അത് അറിയിച്ചു കൊടുക്കാനു കഴിയും യുദ്ധത്തിൽ നിന്നും അടങ്ങി ജനങ്ങൾ പറയുന്നുണ്ട് ഫുലാനുണ് സുജുലാൻ എന്ന് പറഞ്ഞു ഒരാള് ഇന്ന് ഒരാളെ പറ്റി അയാൾ ഇതിനെക്കാൾ ഇന്നാള് വലിയ ദീനതാണ് സ്വജായിയാണ്ബുല മാലം ജബുല ഫുലാൻ ഒരാൾക്ക് പരീക്ഷണമാക്കപ്പെട്ടു മറ്റേ ഒരാൾക്കാക്കാത്ത രീതിയിൽ അപ്പൊ എല്ലാവർക്കും വലിയ പരീക്ഷണമല്ല ഉണ്ടായത് വാ ഇങ്ങനെയുള്ള ഒരു താരതമ്യം ഇന്നാ കിന്നത് കിട്ടി ഇന്നാ ഇന്നത് ഉണ്ടല്ലോ ഇതുപോലത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ പക്കാളെ റസൂലന്മാർമാർ അമ്മ ആദ ഫല ഇമലക്കും ബിനി എന്ന് പറഞ്ഞു നിങ്ങൾ ഈ ചർച്ച ചെയ്ത് തീരുമാനം അതിനെപ്പറ്റി നിങ്ങൾക്ക് വിവരിയില്ല ചിലപ്പോ ഒരു വലാവും പെടാതെ കണ്ട് രക്ഷപ്പെട്ട ആളായിരിക്കും മറ്റ മറ്റയാളെ ഞങ്ങൾ പോകിൽക്കുണ്ട് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വിവരിയില്ല ആലോചിക്കാ റസൂലെന്നു വകാന തന്നുള്ളാഹു ഹബീബുന്ന പറയുന്നു ഇൻന ഖാതുല അലാ ഖദ്രി മാ ഖസ്മല്ലാഹു ലഹും മിനൽ അഖൽ അവർ ഓർ ഓർക്കണം എന്ത്getElementById അഖലിനാ അല്ലാഹു സുബ്ഹാനഹു വതഅവർക്ക് തഫ്സീമാകി കൊട്ടാ ഖദ്റിനു സഞ്ചി മാത്രം ഇതെൻ ചെയ്യുന്നു വകാനതു നുസറതുഹും വനിയതുമന ഖദ്രി യഖൂലിഹിം അവർ നിയ്യത്തും അവർ തേടുന്ന സഹായങ്ങളും അഖലന്റെ കണക്കനുസരിച്ച് മാത്രമാണ് അപ്പൊ മനാതിര സത്ത അപ്പൊ അച്ഛനിയെക്കുറിച്ചിലുണ്ടല്ലോ അതനുസരിച്ച് ഓരോരുത്തർക്കും ഉണ്ടാക്കി വ്യത്യസ്തങ്ങളായ ഇഷാപത്താണ് ഉണ്ടാക്കി വരുന്നത് ചിലർ ചെയ്താകും ചിലർ മുതുമുട്ട് രക്ഷപ്പെടും ചിലർക്ക് ഒന്നും പറ്റിയില്ല എന്നും അങ്ങനെ പലതും فإذا كان يوم القيامه تعالى وسطت السم المنازل على قدر نياتهم وقدري اقوالهم اب رقولن بقدر الذيتم نياتنده قدر الذيتم منزل الله تعالى ভাগിച്ചുകൊдкиন এلار ওরে মঙ্গলে ললে ইসকা وانিল বারাহিন নিআযিন রজি আল্লাহু আনহুম সাল্লাল্লাহু আলাইহি ওয়া সাল্লাম ক্বাল গাদ্দাল মলাইকাতু ওয়াদিসাহু ফি ফাআতিল্লাহ সুবহানাহু ওয়া তাআলা বিল আকল മലായിക്കെട്ടുകളും അള്ളാഹുവിന്റെ താഴത്തിൽ ജിദ്ദും വിജിത്യഹാദും ചെയ്തത് എന്തുകൊണ്ടാണ് അഖിലുപയോഗിച്ചത് ഓരോ കലാകത്തിൽ ഞാൻ നല്ലത് വജർദൻ മോഹ്മിനോരമയും ബനിയാതം അലാക്കദിനെയൊക്കെ അതുപോലെ മനുഷ്യന്മാർ കൂട്ടത്തിൽ നിന്നുള്ള മുഹമ്മനയും കൊണ്ട് അധ്വാനം ചെയ്യുന്നതും അവർ അഖിലെ കണക്കനുസരിച്ചാണ് പാമനവും വിശ്വാസത്തില്ലാഹിച്ചാല ഔഫഹും അക്കില അപ്പോൾ അള്ളാഹുവിന്റെ താഴത്ത് കൊണ്ട് കൂടുതൽ അമൽ ചെയ്യുന്ന ആളാരായിരിക്കും അക്കി ഏറ്റവും സമ്പൂർണ്ണമായ ആളായിരിക്കും വഅന്ന ആയിഷത്തു റളിയല്ലാഹു അൻഹ ഖാലത്തു ഖുൽതു യാ റസൂലല്ലാഹി ബിമാ ഇദാ ബാഗദുന്നാസ ഫിദ്ദുൻയാ ദുൻയാവിൽ ജനങ്ങളുടെ സ്ഥാന വിശ്യാസം എങ്ങനെ ഉണ്ടായി తీరుന്നോ ചോദിച്ചു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅഖ്ലി കൊണ്ടാണ് ഖുൽതു വഫിൽ ആഖിറതിദും ഖാല ബിഅഖ്ല് അതും അഖ്ല് കൊണ്ടാണ് അന മുദാ അഖ്ല് കൊണ്ടോ ഉപയോഗപ്പെട്ടിയ സായത്തകളും സൂസമതകളും എന്താണോ അതാണ് അവരും കാര്യത്തിൽ വീഴുന്നു ഖുൽതു عليس إنما يجزون بي عمال أبا سوى جانا عملا سلسل ليه قوليه سليه بقيا من العمل أن سلسل ليه فأنا قلت لنا سوى جانا وقال عملا داعنيه أكيد سلسل ليه سيبا منه ليه فقال صلى الله عليه وسلم يا عيشا وهل عمل إلا بقدر ما عقاهم الله عز وجل من العقل عبر عمل سيدة دي عقلنا لله تعالى قولت قدر سلسل لي عيشا فبقدر ما رتو من الكل كانت عمالهم അക്കലിനാൽ അവർക്ക് കൊടുക്കപ്പെട്ട കഥലനുസരിച്ചാണ് അവരാണ് പൊതു കതിരിമാഞ്ഞു അക്കലു അല്ല ഏതൊരു വസ്തുവിനും ഒരാധമുണ്ട് ഉപകരണം അതുപോലെ ഒരു ഒരു മുങ്ങിരുതലായി കരുതേണ്ടെന്ന കുറെ ആദ്യമായി കരുതേണ്ടത് കുറെ വസ്തുക്കൾ വേണല്ലോ അക്കുണ്ട് കൈമുതൽ لأننا المؤمنين نتعلم بالشرطة والمع وقيمة لن نأكله ونعرف ولكل شيء مطيت ومطيت المرء الذي أكبره من رساله ولكل شيء دعامة ودعامة الدين الذي أكبره منه ولكل قوم غاية وغاية العباد الأكل هذا يتعلم أنه قوم غاية الله رمض الله أكله ولكل قوم دائل ودائل لأبدين الأكل ഏതൊരാളെ ഏത് കോമിനി ഉണ്ടാക്കും ഒരു കാര്യത്തേക്ക് ക്ഷണിക്കുന്ന സാധനമുണ്ട് ഒരു പ്രേരക വസ്തു എന്നാൽ ആ വിജയങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രേരക വസ്തു എന്താണ് അഖിൽ തന്നെയാണ് ഇത് അസിലേക്കാതിന്റെ ഒട്ടാകെ സ്വഭാവം ജസെല്ലാം അണങ്കണ്ടയിലേക്ക് എത്തിച്ചാൽ മതി അതെ വലിക്കൊല്ലി താജരും വിവാഹത്തും ഏതൊരാൾക്കും കച്ചവടം ചെയ്യണമെങ്കിൽ എന്തുവേണം ഒരു കാലത്തിൽ കൊത്തു വേണം വിവാഹമല്ലേ മിലാക്കൽ മുദിസഹിദീനല്ല അക്കൽ അതുകൊണ്ട് ഇത്തിഹാദ് ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് ആളും വിഭാഗത്തിലെ മറ്റും പ്രവചിക്കുന്ന ആളുകൾക്കെല്ലാം അക്കലാന്ന് ആദ്യമാണ് അതില്ലെങ്കിൽ പിന്നും ഒരു ചിങ്ങി നടക്കൂല നൂറ് കൊല്ലാം പറയുന്നത് ഇങ്ങനെ അങ്ങോട്ടാ വായിക്കണ്ടെങ്കിൽ ഇങ്ങോട്ടാണ് വായിക്കണ്ടത് ഇങ്ങകത്താണെന്ന് തന്നെ പറയുന്നു മലയാളിങ്ങനെ കൂലി തൂക്കാം വളരെ പോയല്ലോട്ടുണ്ടോ ഇങ്ങനെ വലിക്കുല് അഖിലിം കയ്യുമോ ഏതൊരു പുരക്കാരനും ഒരു നേതൃത്വമുണ്ട് ഒരു കയ്യും കാര്യങ്ങളൊക്കെ നടത്തുന്ന കയ്യുമ്പോൾ അക്കൽ ശ്രദ്ധിക്കാൻ താമസിക്കുന്ന കൊര എന്ന് പറഞ്ഞാൽ സിദ്ധീക്കളയുടെ പൊരത്തിലുള്ള കയ്യുമരാണ് അക്കലം വലിക്കുല് ഖറാബിൻ ഇമാറത്തും ഏത് ഖറാബായ വസ്തുക്കളുടെ ഒരു ഇമാറത്തുണ്ട് വൈമാറത്തുള്ള ആഖലത്തിൽ അക്കൽ ആസത്തിൽ ഇപ്പം കാര്യമായ ഇമാറത്ത് നടക്കാൻ പോകുന്നതിലുള്ളൂ ആ എന്നാലവിടെ അഖിലാണ് ഇമാറത്താക്കേണ്ടത് കാരണം ഇവിടൊക്കെ അമരുന്ന അമര കൊണ്ടാണ് പൂജ വലിക്കുല്ലിമ്പ് ഇന്നബും ഇൻസബു ഇലൈഹി ഏതൊരു മനുഷ്യൻ്റെ ഒരു വരും തലമുറയുണ്ട് ശേഷക്കാറായ തലമുറയില്ലേ അവനേക്കാണ് ഇവന് ചേർക്കപ്പെടുക ജുൻസബു ഈ അറ്റുവിലെ ചേർക്കപ്പെടും ഇലി അവനെക്കുള്ള ദൈവനേരാണ് ഇവൻ കുറവ് ചെയ്യാന്ന് ഇവർ ഇന്നാടം പോനാന്ന് ഇന്നപ്പോയില്ലാന്നിടത്ത് അപ്പൊ അടുത്തേക്ക് പോകണം അറ്റുവിലേക്ക് മുടങ്ങണം ഇലൈഹിന്റെ നമ്മിയിലാണ് ഇമ്രയിലേക്ക് മുടങ്ങണം ഈ അസിബിനെ എന്താക്കും മോനെ കൊള്ള ചേർക്കപ്പെടും വയു കെറു അങ്ങനെ തന്നെ വയു കെറു ഈ അസിബിനെ പറയപ്പെടും ഇന്നാളെ ഫുലാൻ ഫുലാൻ എന്നാ വക്കിബ് ശ്രദ്ധീക്കം അക്കം പോരാ അല്ലതീ സബൂന ഇത് അല്ലെ ഇത് അക്കിബിനിബത്ത് ശ്രദ്ധിക്കങ്ങൾക്കല്ലാന്ന് വരണ്ടെ ഈ ശ്രദ്ധേയങ്ങളെ ചേർക്കപ്പഴും അച്ഛൻ കയറുമല്ലേ ആ വഴി അതേതാണ് അൽ സിലൂൺ ആ സിമ്പൂന്റെ ഖബറ് വടിക്കുല്ല് സഫറിയും പുസ്താത്തും ഏതൊരു സഫറിനൊന്നുണ്ട് ഒരേ ഒരു പുസ്താന്ന് പറഞ്ഞാൽ ഈ സഫർ ഇറങ്ങിയിട്ട് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു തമ്പുണ്ടാവും അല്ലെ ഒരു സഫറെന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഈ മറ്റേ യാത്രക്കാരെല്ലാം കൊടുന്ന് മുതിർത്തമാഹലക്കൂവൽ മദീനത്തീനാവില്ല യാത്ര ചെയ്ത മുഴക്കെ ആളുകൾക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു ൊക്കെ പോക്കലല്ല അപ്പൊ മൂമ്മഞ്ഞുങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം പുസ്തകത്തിനാക്കലാണ് നക്സഹ ഭൂമിനീങ്ങളിൽ നിന്ന് അള്ളാഹു താഴാക്ക ഏറ്റവും പ്രിയപ്പെട്ടവരാറിഞ്ഞോ അള്ളാഹുവിന്റെ താഴത്തിലായിട്ട് ക്ഷീണം പറ്റിയിട്ടുണ്ട് നസബും അള്ളാഹിന്റെ താഴത്തിലായിക്കൊണ്ടിട്ട് അവനക്ക് ക്ഷീണം പറ്റി ചിലവോണം തുറന്നിട്ടുണ്ട് അവന്റെ ഇബാദുകളോടെ നസഹി ചെയ്തിട്ടുണ്ട് അവന്റെ അഖില് താമരായിട്ടുണ്ട് സ്വന്തം നബ്സിനോട് അവൻ നാസിഹായിട്ടുണ്ട് അതുകൊണ്ട് നല്ല ബസീറത്തോടുകൂടി അകക്കാശിയോടുകൂടി പ്രവർത്തിച്ചു വാമിഹി അയ്യാമി ആ ബസീറത്തോടുകൂടി തന്നെ അവനെന്ത് ചെയ്തു അവന്റെ ഹയാത്തി കാലത്ത് അമൽ ചെയ്തു പാപ്പനഹ വാഞ്ച വിജയിയായി എല്ലാ കാര്യവും നേടി വന്നി നമ്മുടെ ആ കൊലുഹ് എന്ന സിമത്ത് കൂടിക്കൊണ്ടിട്ട് ലൊക്കാല കൊള്ളാ മത്തൊമ്മക്കും നക്കെ നശബ്ദുക്കും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അക്കറി താമമായ ആളുകാരെന്ന് അള്ളാഹന ഏറ്റവും പൊടിക്കുന്ന ആളാണ് അതെന്സിക്കാം വാഹനക്കും ഭീമ അമർക്കും നദാഹു താലെ കൽപ്പിച്ച കാര്യം എന്ത് അള്ളാഹു താലെ വിരോധിച്ച കാര്യം എന്ത് എന്ന വിഷയത്തിൽ നദർ ഏറ്റവും അച്ഛനായ ആളായിരിക്കും അത്തമ്മായ അച്ഛരണ്ട ആൾ അപ്പൊ കത്താമോന്നുള്ള ഒന്നും ബുദ്ധിജീവി എന്നുള്ള വിശേഷണം ദുനാവിനെ പറയൂന്നിപ്പോ മനസ്സിലായില്ല അന്യസിക്കട്ടെ വഹിക്കാൻ അക്കല്ലേക്കും തത്വം നിങ്ങളെ കൂട്ടത്തിൽ മറ്റേ തത്വമായ കാര്യങ്ങൾ വളരെ കൊച്ചാണെങ്കിലും ശരി തത്വമായിട്ട് വെൻ്റെ വാദത്തിന്റെ അധികപ്പെട്ട ഈ ഭാഗത്തുണ്ടല്ലോ അത് ക്രിസ്ത്യസ്റ്ററിയിലായിരിക്കും എന്നിരുന്നാലും അയാള് കാമമായ അക്കലുകാരനാണ് കൗക്കത്തെക്കോട് ഒരിനോ അതോ അള്ളാഹുത്താന്റെ കൽപ്പിച്ചതും വിരോധിച്ചതുമായ കാര്യങ്ങൾ ഞളി ഏറ്റവും വെച്ചമാക്കിയത് അപ്പൊ സമയമായി അക്കലിനെ പറയുന്നു എന്താ ഈ അതിനെ അക്കലും അതിന്റെ അതിന്റെ നിർവചനം എന്താ ഈ അക്കൽ എന്ന് പറഞ്ഞ സാധനം ഇത് വ്യത്യസ്തങ്ങളായ മാനാക്ക് പറയാറുണ്ട് എന്നതിനെ തൊട്ട് അപ്പുറത്തായിക്കൊണ്ടാണ് ഷാരീഫ് വരാൻ പുറപ്പെട്ടത് ഇത് നാനാർത്ഥമുള്ളൊരു പദം പല കാര്യത്തിന് അച്ഛനത് പ്രയോഗിക്കാറുണ്ട് അപ്പൊ ഒരു ചെരുമത്തൊന്നാണ് മാന വ്യത്യസ്തങ്ങളുടെ നാനാർത്ഥം എന്ന് പറയുന്നത് അപ്പൊ നാനാർത്ഥമുള്ള സാധനം ഏത് അർത്ഥത്തിനുള്ള സാധനം എന്ന് തീരുമാനിക്കാതെ കൊണ്ട് താരിഫ് പറഞ്ഞാൽ ഇത് കാടുകാരലുണ്ടായിരുന്നു താരിഫ് പറഞ്ഞു താരിഫ് പറഞ്ഞു നോക്കുമ്പോഴോ ഇത് മുത്തലക്കാണ് മുത്തലക്കെന്ന് പറഞ്ഞാൽ പ്രയോഗിക്കപ്പെടുന്നതാണ് അല മഹാനി മുഖ്ലിഫത്തി വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾക്ക് പ്രയോഗിക്കും അമ്മ പറഞ്ഞ കൽബു എന്നുള്ള പ്രയോഗം പലത്തിനുണ്ട് അതുകൊണ്ട് ഇഫ്തലാഫിയും ഈ താരിഫ് പറഞ്ഞ ആള് ഇസ്തലാഖിന് അത് കാരണമായും ഒരു കൂട്ടർ ആ അർത്ഥത്തിനുള്ള താരിഫ് പറഞ്ഞു ഒരാൾ ഈ അർത്ഥത്തിൽ താരിഫ് പറഞ്ഞു ഒരാൾ ജവഹർ അഖിച്ച് പറഞ്ഞു ഒരാൾ അർബാക്കിക്ക് പറഞ്ഞു പലതും അതുകൊണ്ട് അതിന്റെ മുഖം മൂടി തുറക്കുന്ന ഹക്കം തന്നെ അന്നൽ അക്കൽ ഇച്ഛതാക്കിയർബാസി മഹാലിൻ നാലാർത്ഥ പ്രകാരം എന്താക്കും നാലർത്തിന്റെ പ്രയോഗിത്വം അച്ഛവാക്കാൻ ആക്കലൊന്നുണ്ട് നാല് അസത്തിന്റെ പ്രയോഗിച്ച് ഇതുപോലെ കമാനൊക്കെ ഇസ്മൽ അയൻ എന്ന ഇസ്മൽ പ്രയോഗിക്കാറുണ്ടല്ലോ അയിന് കണ്ണിനും പറയലുണ്ട് ഉറവിടത്തിനും പറയലുണ്ട് സ്വർണത്തിന്റെ പറയലുണ്ട് തടിക്കും അറിയുന്നുണ്ട് പല അർത്ഥത്തിനുണ്ടല്ലോ മുസ്റ്ററക്കാന്നല്ലത് അയനെന്നു പറഞ്ഞ കണ്ണ് നിഹായഞ്ചാരി എന്നാൽ നിക്കണ്ടൊരിക്കുന്നല്ലല്ലോ അർത്ഥം ആ അപ്പൊ ഒമാജിനി ഹാദൽ മജുര അതുപോലെ അയൻ എന്ന് പറയുമ്പോൾ തന്നെ പലതിനും പറയും ഒരേ ഗഡിമത്ത് പറഞ്ഞിട്ട് വ്യത്യസ്തങ്ങളായ മാനവക്കാറുണ്ട് അതുകൊണ്ട് പലായംപതി അഞ്ഞത്തലമതി ജമീ അക്സാമി അദും വാഹിദുൻ അപ്പോൾ ഒരു ഗഡിമത്ത് പ്രചോദിച്ചിട്ട് വിവിധങ്ങളായ അർത്ഥം പറയുമ്പോൾ ഈ നാലും അർത്ഥവും തൊക്ക നാലിനും കൂടി ഒരറ്റ വാക്കിൽ ഉൾക്കൊള്ളിക്കുന്ന ഒരു കാര്യം കുറേ എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ണുന്നർത്ഥത്തിനാണെങ്കിൽ താരിഫ് മാറി പുഴ എന്നുള്ള അർത്ഥത്തിനാണെങ്കിൽ താരീഫ് മാറി സ്വർണം എന്നർത്ഥത്തിനാണെങ്കിൽ താരീഫ് മാറി തടി എന്നുള്ള അർത്ഥത്തിനാണെങ്കിൽ മാറി ഉച്ചക്കാരൻ അതിനകത്ത് ഒറ്റമാക്കി താരിഫ് വരാൻ വിശൂല തിരുന്തോണം ബൾ വിഫ്രദ്ധിയായിരുന്നു അതിനെ തട്ട് ഓരോന്നിനും വ്യത്യസ്തങ്ങളായിട്ട് ഓരോ വേറെ വേറെ ഇന്ന അർത്ഥത്തിനാണോ എന്നാൽ ഇതാണ് ഇന്നതാണോ ഇന്നതാണോ ഇന്നതാണോ ഇന്നതാണെന്ന് പറയണം നാല് അർത്ഥങ്ങൾ തന്ന والاول اول مرتبہ म्हणजे अल वस्फु लजी युफारिकुल इंसान बिही साइल अल बहाति मतलब बहीमतन अभेक्षित मनुष्य इकडे एकंदोर प्रत्ययगडं आ प्रत्ययगडं कोंडानांदाळले बहीमत मनुष्य बाहेर टाकून अदंदाडो अदान आखले अदनेला येतो अब वस्तू नावर अपो जौहरला अद वहुवा आ वस्फ तनेयाना अल लजी सअद बिही लि कबूल अल उलूम अल नबलीयती ീയായ ഒരു രൂമിനെ കബൂൽ ചെയ്ത് വെക്കാൻ അതിന് തയ്യാറുണ്ടാക്കി കൊടുത്തത് സാധനം ഇതേ വസ്തുതന്നെയാണ് ബദീഹിഞ്ഞൂമിന് കൂടുതൽ അത്തരത്തിലും വേണ്ട അതുള്ള നമ്മുടെ നുള്ളിയ വേദനിക്കുമെന്ന് അതൊക്കെ ഇല്ലാത്ത ആർക്കും തിരികും ഇപ്പൊ അടിയെടുക്കുമ്പോ അടി കിട്ടുമെന്ന് അടി കിട്ടിയാൽ വേദനിക്കുന്നു പൂച്ചക്കും കുർച്ചനക്കും നാട്ടിൽ അറിയാലോ അതൊക്കെ ബദീഹിക്കാം നദ്രീയായ ഉരുമ അതുപോലെ ആ തദ്ദേശത്തിൽ സിറ്റിരിയ ബുദ്ധി ഉപയോഗപ്പെടുത്തി കൊണ്ട് ചെയ്യേണ്ടെന്ന ഖഫീയായ പലതരത്തിലുള്ള തദ്രീതാക്കണ്ടല്ലോ ഓരോ ഫോമിലുണ്ടാക്കിട്ട് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ഉണ്ടാക്കി തീർത്തിട്ടുണ്ടല്ലോ ഓരോന്നിനും ഫോമിലുണ്ടാവും ടെലിഫോൺ എന്തേലാണ് വർക്ക് ചെയ്യുന്നത് ഈ ഇലക്ട്രിസിറ്റി എന്താ വർക്ക് ചെയ്യുന്നത് മൊബൈൽ എന്താ വർക്ക് ചെയ്യുന്നത് ഒരു തിയറി ഉണ്ടാവും സനാഹത്തിൽ സെറ്റിരി അതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് അത് റിപ്പയർ ആക്കണമെങ്കിൽ ആ തിയറി പഠിക്കാത്ത കാലത്ത് റിപ്പയർ ആക്കാനേ കഴിയില്ല هو وصف دانو ابي اه عطاءه ال ا هار وصف تعريفه ورد حارث المحاسبي رضي الله عنه ورد و هو الذي اراده الحارث بن عقاد المحاسبي رضي الله عنه ورد حيث قال في حد اللكنه امر برني انه قريصه يتهاجى بها ادراك العذوم النظريه ادراك المنبثق يتهاى بها النبر ഹാരിസൻ മഹാസിബി പറഞ്ഞെന്താ ഇന്നഹുഖരീതം അത് മനുഷ്യന്റെ പ്രകൃതിയിലുള്ള ഫിറ്റ് ചെയ്ത കറുത കറുതാ ഇങ്ങനെ ഒരു സ്ഥലം നാട്ടുകാന്നാണല്ലോ സ്ഥാനം സ്ഥാപിക്കുക അപ്പൊ മനുഷ്യൻ ജനിക്കുമ്പോൾ അവന് സ്ഥാപിച്ചു ഒരു പ്രത്യേക ഒരു വസ്തു അത് കാരണത്താൽ ആ ഖരീദത്ത് കാരണത്താൽ നതിരി ഞായവും മീനെ അവനിക്കുണ്ടാക്കും ഇതാക്കി ചെയ്യാനുള്ള പക്കത അവന് ഉണ്ടായിത്തീരും എന്നാണ് പറഞ്ഞത് അപ്പോ ഹാരിസൻ മഹാസിബി ഒന്നാമത്തെ അടിക്ക് അനുസരിച്ചാ പറഞ്ഞിട്ട് അപ്പൊ വക്കാൻ നഹു നൂറ് അപ്പൊ അതേതായി അറിയുമോ അത് കൽവിൽ ഇടപെടുന്ന ഒരു നൂറ് പോലെയായി എന്നാ പറഞ്ഞത് ഒരു നൂറായി ആത് കാരണത്താൽ അഷിയാക്കളല്ലേ ഇതറാക്ക ചെയ്യാൻ വേണ്ടിയിട്ട് അത് തയ്യാറാകും എന്ന് പറഞ്ഞു ആ കൽബു തയ്യാറായിരിക്കും ആ നൂറല്ലെങ്കിൽ അസിയാണെങ്കിൽ ഇതറാക്കില്ല ഒന്നും ഇങ്ങനത്തെ ഒരു പ്രകൃതി മനസ്സിലുണ്ടോ ഇല്ലയോ ചിലർ ഇൻക്വാറാക്കി നമുക്കൊന്നും ഇല്ലാതെ ആ ഇല്ല എന്ന് പറയുന്ന എനിക്ക് ഇങ്ങനെ പ്രകൃതി ആദ്യം തന്നെ ഇല്ലാന്ന് ഉപഞ്ഞു മനുഷ്യനെ പിന്നെ വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്നെങ്ങനെയൊന്നും ഇല്ല ഗണ്ടു പുത്തകൾ ഉണ്ടാക്കുന്നത് ലോകം നടന്നുകൊണ്ടിരിക്കുന്ന അന്നത്തിനെയും ഒരു പ്രകൃതി ഇല്ലെങ്കിൽ ഒരു വസ്തുത ഇല്ലെങ്കിൽ ഇതെങ്ങനെയായിരുന്നു നടന്നത് വലം മ്യൂസിപ്പൻ അങ്കറഹാത ഈ കാര്യത്തിന് നിഷേധിച്ച കുറച്ചാളുണ്ട് അവര് ഒരു നീതിമന്മാരല്ല എന്നിട്ടോ വറതൽ അക്കലില്ല മുതദോമിൽ നറൂറിയറൂർ മാത്രമേ ഉള്ളൂ എന്നാണ് ആര് പറയുന്നത് അക്കലിനേക്ക് അവിടത്തേക്ക് മടക്കിയില്ല നെറൂറിയമായി അറിയാൻ വേണ്ടി കൂടുതൽ വേണം കൂടുതൽ അക്കലും വേണം എന്ത് വസ്തുലാന്ന് അവരുടെ വധ പാലും ഇങ്ങനത്തെ ഒരു അതീതത്തില്ല അക്കൽ സാധനം എന്താ നെറൂറിയോമ മാത്രം അവൻ ഉള്ളിയാ വേദനിക്കുമെന്നും പാല് വെളുത്തതാന്നും ഈ ദൂരുള്ളതാണെന്ന് അറിയുന്ന ആ അറൂറിയാ ഇന്മു പറഞ്ഞാന്ന് അവിടത്തേക്ക് മുടക്കുന്നു അവർ പറഞ്ഞ ശരിയല്ല എന്നാ പറയുന്നു അത് ഇമാമ പറയുന്നു തെളിവ് ഫൈനൽ റാഫിലാനോ കാരണം എല്ലാ വിധവും മിനത്തൊട്ടും റാഫിലാവിന് മെൻഷനിങ് എടുത്ത് ഇതെന്തിന് തെളിവാണ് ഇമാമ തെളിവാറ്റുദ്ധിക്കുന്നു ഇതിന്റെ വലം ഞാൻ സീഫ് എന്ന് പറഞ്ഞാൽ നശിക്കാ തെളിവ് ഇൻകാറാക്കുന്ന ആള് ശരിയായ പാതയിലായിട്ടില്ല എന്ന് പറഞ്ഞു നിർത്തുന്നു ഓരോമിനെ തൊട്ട് വാത്തിലായ ഒരാള് ഓരില്ല നിവൃതിയായിരുന്നു ഇപ്പൊ ഇല്ല ഏ പിന്നെതി ആയാലും രീതിയിൽ ഇല്ലാണ്ട് നിൽക്കുക പക്ഷെ റാത്തിൽ നിന്നല്ലേ വരുന്നു അതിനെ തൊട്ട് അതിനെ അബോധാവസ്ഥയിലും അപ്പൊ നിർവതിയായാലും ഒപ്പും ഉറങ്ങുന്ന ആള് അവളെ പറ്റി സമ്മാനിയ ആക്യാറില്ലോ എന്ന ഇവന്റെ വാശിലെന്താക്കാൻ പറ്റില്ല ആക്കിന് പറയാൻ പറ്റൂല കാരണം ഉരുവമ്പ് മാത്രല്ലേ ഉരുവമ്മിപ്പോ അതിലല്ലോ വാസിലല്ലേ അപ്പൊ ആക്ലൈനിന്ന് പറയുന്ന എന്റെ അടിസ്ഥാനത്തിലേത്തിനിലും നായിമിലും ആദ്യം മാ പറഞ്ഞ ആ ഹരീരത്ത അതവിടുണ്ട് പക്ഷെ ആ പക്കത്തിൽ ഉരുവം ഗുരുവുമാണ് ഇല്ലെന്നത് ഇനി രണ്ടാമത്തെ ഒരു തെളിവ് എന്നുള്ളൊരു ഈ ഹയാത്തുള്ള കാരണത്താലാണ് ഹറക്കാത്തിന് അത് സാധ്യമാകുന്നത് എല്ലാം നാളും കൊണ്ടുപോണ്ടിരുന്നു വണ്ടി ഉദ്യം കൊണ്ടുപോകുന്നത് ഹയാത്തുകൊണ്ടല്ല പോന്നു വേറെ ഇന്ത്യൻ ആർജ്ജി ചലിപ്പിക്കാ ചലിപ്പിച്ചത് ആ ചലനത്തിന് താപയായിക്കൊണ്ടിരിക്കുന്ന ലഭ്യതല്ലേ ഇഫ്തിയാരിയായ ഹറക്കത്തല്ല ഹിജാരി ആ ഹെർക്കത്ത് ഉണ്ടാകണമെങ്കിൽ ആദ്യം എന്ത് വേണം ഹയാത്ത് ഉണ്ടാവണം അതുപോലെ ഹിറ്റിയായി എതിരാക്കാത്തവരുണ്ടാകണമെങ്കിലും ഹയാത്ത് വേണം എന്നൊക്കെ സ്വകതാലിക്കൽ അക്ലു ഇതുപോലെ തന്നെയാണ് അക്കലു എന്നുള്ളത് വരീതത്വൻ അത് മറ്റൊരു കരീതത്താണ് അതിന്റെ അഭിഹാസു ഹയവാനാത്തിൽവാനാത്തിന് നേരത്തെ ഹയാത്ത് എല്ലത്തിനും പറഞ്ഞിട്ടാണ് ഹയാത്ത് എന്തിനാത്തിനും മറ്റേ മൃഗത്തിനെല്ലാത്തിനുണ്ടല്ലോ അഹിമത്തിനുണ്ടല്ലോ അപ്പൊ ഹരാത്ത് എന്നുള്ളത് ആൺമാസിപ്പത്തായത് കൊണ്ടാണ് ആടാടുത്ത് വച്ചു പക്ഷെ അതിൽ നിന്നെന്താക്കണം അക്കല് നല്ലത് ഹാസ്താം ഹാസ്താം അതേ പറ്റുള്ളൂ ബാഗുൽ അയവാനാദി എന്ന് പറയാനേ പറ്റുള്ളൂ എല്ലാ അയവാനാദിനും അക്കൽ ഉണ്ടാവില്ലല്ല അതെന്ന് മനുഷ്യമാർത്ഥം ഇല്ലല്ലോമൻ നദരിയ നദരിയായ അവലോമനെതിരാക്ക് ചെയ്യാനുള്ള ആ പക്വതയിൽ ആരത്തിച്ചേ ബാഗുൽ നയവാനാകും അതോടെ നമ്മുടെ കാഴ്ചയിൽ മനുഷ്യന്മാറും നോക്കാം അപ്പൊ ഹയാത്തിൽ നിന്നുള്ള ആമമായ ഒരു അതീതത്തുണ്ട് അക്കല കാർത്തായ ഒന്നും ഉണ്ട് ഹർക്കാത്ത ഇതറാക്കാത്ത നിശ്ചയിച്ച ഇതറാക്കാത്ത ആരിക്കുണ്ട് ആട്ടിനുണ്ട് പോത്തിനുണ്ട് മൂലിക്കുണ്ട് പാമ്പിലുണ്ട് തേളിലുണ്ട് എല്ലാത്തിനുള്ള ഇതറാക്കാത്ത നിശ്ചീത്തുണ്ടല്ലോ എഫ് സി ആ ഹർക്കാത്ത ഉണ്ട് അതിന്റെ മത്സരം എന്തായിരുന്നു ഹയാത്താണ് എന്നതുപോലെ പ്രത്യേക ജീവികളാകുന്ന ചില വസ്തുക്കൾക്ക് വന് എതിരാക്ക് ചെയ്യാനുള്ള കാര്യത്തിൽ വേറിയുണ്ട് നിസ്തീക മനുഷ്യന് എന്തോ ഹരീദത്തിന്റെ വിഷയത്തിലും നിസ്തീയ ഇതറാക്കാത്തിന്റെ വിഷയത്തിലൊക്കെ ആര് സമാനം ഈ കെഴുതയും മനുഷ്യനെല്ലാം സമാനം എന്നാൽ പിന്നെ മനുഷ്യൻ എടുത്താൽ വേറൊട്ടത് ഇവനിക്കു വന്നാൽ ഈ പ്രകൃതി എന്ത് വിഷയത്തിലാണ് ഈ കെഴുതയും മനുഷ്യനും നമ്മൾ ഇത് അതിന് ഇണ്ടേ പയുക്കാലോ അപ്പൊ ലാ തൊറക്ക ഭൈനഹുമ അവിടെ പിന്നെ ഇവർ പറഞ്ഞ പ്രകാരം ഇക്കാലിയാ കൊടുത്തത് ഒരു പ്രത്യേക കരീസത്ത് ഇവർക്ക് കൊടുത്തിട്ടുണ്ട് അതായിരിക്കില്ല ഈ മാറുന്നില്ല എന്ന് പറയാം ഇവർ പറഞ്ഞ പ്രകാരം പറയണ്ട എന്താന്ന് ആ ഇവിടേക്ക അപ്പനുപോത്താൽ എന്തുകൊണ്ട് ഒരു അവര് ആ ഒരു ആകത്തുണ്ടാക്കി കൊടുത്തെല്ലാം പറഞ്ഞ് കൊയിഞ്ഞു വരണ്ടി വന്നു അതാ പയുക്കാലോ അപ്പൊ ഓറോ ഭാഗത്ത് പറയേണ്ടി എന്താ ലാ തൊറക്ക ഭൈനഹുമ രണ്ടാ നടുക്കൽ വ്യത്യാസം ഇല്ലാന്ന് കരുതി മരിച്ചു ോക്കെ പക്ഷെ കുടുംബവല്ല കുടുംബം പറഞ്ഞു ഇല്ല അല്ലല്ലാ തല ബും ഇസ്രായേൽ രാഗത്ത് എഫദിൽ നിസാണി അടുമൻ ഹിമാല ബഹായിനിയിൽ പക്ഷെ അള്ളാന്റെ ലാഗത്ത് പോലും മനുഷ്യനെ ചില ഇൽമ് പഠിച്ചു കൊടുക്കുന്നത് ആ പറിച്ചു കൊടുക്കുന്ന ഇൽമാലില്ല ഹിമാല ബഹായിനി പറിച്ചു കൊടുക്കാറില്ല എന്നതാണ് വിശ്വാസം അപ്പൊ ഇല്ല പഠിപ്പം കമ്മ പറയു പടച്ചു കൊടുക്കണമെ കബൂൽ ചെയ്യാനുള്ള കഥ വേണ്ടേ അനു ചോദിക്കുമല്ലോ ഈ പഠിച്ചു കൊടുക്കപ്പെടുന്ന സാധനം അവിടെ വാങ്ങി വെക്കാനുള്ള സാധനം ഉള്ളിൽ തിന്മനുള്ളിൽ വേണ്ടപ്പോ ഇത് വിളിച്ചാലേക്കന്നെ അവിടുത്തെ നമ്മ പറയിലേക്ക് എത്തൂ എന്നാ അല്ല ജാഥ അങ്ങനെ പറഞ്ഞെങ്കിൽ വലവു ജാഥാന്റെ മുമ്പിലെ ജവാബാ പറയുന്നു ഓരോ പറയുന്ന ഇതാണ് എന്നാ പിന്നാൽ ഹൈവാനാസും ജമാതാത്തും തമ്മിൽ വ്യത്യാസം ഇല്ലാന്ന് വന്നേക്കാം നമ്മളെ പറയും എന്താ വ്യത്യാസം വിത്യാസം ഇല്ലേ ഇതെന്താന്ന് അന്നേരം പറയും ഹിസ്റ്റി യായ ഇതറാഖാത്തിനും ഹിസ്റ്റീലിയായ ഹറക്കാത്തിനും സഹിക്കുവാദം ഒരു സിഫത്തിരി ഉണ്ട് ആയിവ അടുത്തേക്കത്തെ അന്ന അതും അതുപോലുള്ള വ്യത്യാസത്തിൽ സിഫത്താടുണ്ട് എന്ന് വരട്ടെ അല്ല ടിപ്പത്തിയില്ലേ എന്നാ പിന്നെന്താക്കണോ ജമാതും വെച്ച് നാലുകാലുള്ള ഒരു ചൂടും വച്ച് നാലുകാലുള്ള ഒരു വഹീമത്തിന് വച്ചപ്പോ അതിന്റെ ഒരു പ്രത്യേക ഹർക്കാത്താകത്തല്ല പഠിച്ചുകൊടുത്തുന്നു ആ പഠിച്ചു കൊടുക്കുന്ന ഇവിടെ ഇല്ലാന്നും പറഞ്ഞു അപ്പൊ ഹരാത്താന്ന് പറയാൻ പറ്റില്ല എന്താ പറയുക നമ്മൾ കുത്തുമ മൂന്നാടുത്തെ ഇൻസാന് ഹൈവാന് ജമാദ് എടുക്ക ഇൻസാനും ഹൈവാനും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഇല്ല എന്നല്ലേ ഇവർ പറഞ്ഞത് പിന്നെന്താ ഇവിടെ തന്നെ അത് ഋതിന് പഠിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പഠിച്ചു കൊടുത്തില്ല എന്നാ പിന്നെ നമ്മുടെ വകേക്ക് വരട്ടെ എന്തെന്ന് ജമാ അതും ഹയമാണി വിചാരിച്ചില്ലാന്ന് ഞാനും പറയുന്നു ഏ ഇവിടെ ഹയാത്തുണ്ട് അത് വച്ചിട്ടുണ്ട് പറയരുത് എന്തുകൊണ്ട് അള്ളാഹുദാല അർത്ഥത്തിന് പഠിച്ചു കൊടുത്തിനോട് അരങ്ങി തടത്തില്ല പറയുന്നു എന്നാ വലവു ജാകാന്റെ വാക്യാണ് ഈ വലവ് ചർത്തിയായ കവിയ മൂപ്പറുണ്ടാക്കിയത് വലവു ജാകാന്നുള്ള മുഖബ്ദമാണ് അല്ല അന്തി താദിയത ലദാഗ യുസ്മ ബൈനൽ ഹിമാരി വൽ ജമാദി ഹിമാറു ജമാദുൽ കുഅ എന്താ ടോക്കിൽ ഹയാത്തിൻ്റെ വിശേഷത്തിൽ അപ്പോ ഹിമാറുൽ ഹയാത്ത് ഉണ്ട് എന്നല്ലേ എല്ലാവരും சாமிക്കുന്നത് അല്ലേ എന്നാൽ അതില്ല എന്ന് പറയാ നമുക്ക് വയുഖാറു നമുക്ക് പറയാ ലാ ഫർഖ ഹിമാറുൻ ജമാദുല്ല മിൽ വിക്യാസില്ല ഇല്ലാ അൻ അല്ലാഹു സബ്ഹാനഹു വ തആല യഖലുഖു ഫിൽ ഹിമാരി ഹറകാതിൻ മഖ്സൂസ ബഹിഖും ഇദ്റാഇൽ ആദാ ഹിമാലിൽ അള്ളാഹു താല പ്രത്യേക തരത്തിലുള്ള ചില ചലനങ്ങൾ അള്ളാഹു താല പടച്ചു കൊടുത്തിട്ടുണ്ട് അതാ അതിരി ജമാദാത്തിൽ ഇല്ല എന്നതല്ലാണ്ട് അയാത്തും സാധനം ഇല്ല ഞാനും വരട്ടെ അത് പറയാൻ സംഭവിച്ചിരല്ലോ ഈ താദിവാത്തിലല്ലേ താലിവാത്തിലായപ്പോൾ മതത്തിലാക്കി ഇപ്പൊ ചർച്ച ചെയ്യാൻ കഴിയുക മനസ്സിലാക്കിയത് എല്ലാ കളത്തി ഹിമാന്റെ ജമാക്കമാതു മീത്തായ ജമാ എന്നാലും പറയേണ്ടി വരും കാരണം ഇപ്പൊ മയ്യത്തായ ജമാ എന്ന അവസരത്തിൽ ഹിമാർ അയാത്തില്ല അയാത്ര എന്നാൽ ഈ ഹിമാറ നേരത്തെ ഒരു ഹറക്കാത്ത് പടച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലേ അപ്പടച്ചോ മയ്യത്തിൽ നിന്നുകൊണ്ട് അടക്കാൻ കഴിഞ്ഞില്ല അത് നടക്കേണ്ടി വരുന്നത് ഹയാത്തല്ലല്ലോ ഇന്ന് ഉപാദ്യ വെക്കുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ ഹയാത്ത് പോയ ജമാ വയ്യത്തായ ഈ ഹിമാരതി എന്ത് വരേണ്ടി വരും ു ഇപ്പോൾ ആ ഹയാത്തായ അവസരത്തിൽ കണ്ടിരുന്ന പല ഹരക്കാത്തുണ്ട് ലോഡലും ചാടലും പോക്കും ബലബു കുന്നനും കുടിക്കലൊക്കെ അത്വാഹത്ത് ജമാതായി കിടക്കുന്ന ഹിമാലൻ അള്ളാസ് പടക്കാൻ കഴിയില്ലേ തസീബിൾ മുഷാഹൻ കാണപ്പെട്ട അതേ തഹസീബനുസരിച്ചിട്ട് അപ്പൊ കാണാൻ അന്നേരം പറയും ഹയാത്തില്ലാത്തൊണ്ട് ആ എന്നാ അതുപോലെ തന്നെ ഇവിടെന്താ അഹമ്മത്തിനെ ഹിമാല മനുഷ്യന്മാരാക്കി കാണുന്നു അപ്പൊ ആ ഖരീദത്തില്ലാത്തോണ്ടാന്ന് പറഞ്ഞി അപ്പൊ പറയൂണ്ടെന്ന്മാറും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ഒരു ഖരീസത്താ അതിന് ഇപ്പത്തേകിച്ചൊന്നുണ്ട് ആ ഖീകത്തിനെ തൊട്ട് ഇബാറത്താണ് ഹയാക്ക് എന്നല്ലേ പറയുന്നുണ്ടായത് എന്നതുപോലെ തന്നെ ഈ മാറും ഇൻസാനും കൂടി വെക്കുമ്പോൾ ഇദ്രാഖി തന്റെ വിഷയത്തിൽ ആരിക്കും ഒരു പ്രത്യേകത ഉണ്ട് മനുഷ്യർക്കുണ്ട് ആ ഖരീകത്ത് എന്താന്ന് ചോദിച്ചാൽ അതാണ് ഇൻസാനിൽ ഇൻസാൻ ബഹീമത്തിനോട് എതിരാകുന്നത് ഈ ഇതറാഖിൽ വിഷയത്തിലാണ് അതെന്ത് കാരണത്താൽ ബീഹാരീതത്തിൽ അക്ബർ അപ്പൊ ബഹുബക്കാൽ സൂര്യവൽ അൽവാൻ അപ്പൊ ഏതുപോലെ എന്താ സാധാരണ ഫലകഷ്ണം ഒരു കണ്ണാടി എടുക്കാം ഈ പലക്കഷ്ടത്തിന് എന്താണല്ലോ പ്രത്യേകിച്ചു പലക്കഷ്ടത്തിന് നീളമുണ്ട് കണ്ണാടിക്ക് നീളമുണ്ട് ഇതിന് വീതി ഉണ്ട് അതിന് വീതി ഉണ്ട് കട്ടിയുണ്ട് അതിനും കച്ചിയുണ്ട് അല്ലെല്ലാം ഉണ്ട് പക്ഷെ ആ കണ്ണാടിക്കൊരു പ്രത്യേകതയുണ്ട് അതിന്റെ മുമ്പിൽ സ്ഥാനം കൊണ്ട് അതിൽ തന്നെ പകർത്തിച്ച് പ്രതിഫലിപ്പിച്ച് കാണിക്കും ഈ പല അത് കാണുന്നില്ല അപ്പോൾ അൽവാണികളെയും സൂറത്തുകളെയും പ്രതിഫലിപ്പിക്കുന്ന വിഷയത്തിൽ എന്തോ പ്രത്യേകതയുള്ള സാധനമാണ് കണ്ണാടി എന്ന് പറയുന്ന സാധനം അത് മറ്റുള്ള പല കഷ്ടത്തിന് എന്നതുപോലെ തന്നെ ഒരു സിഫത്ത് ഉണ്ട് അതിന്റെ പേര് ആ സിഫാത്ത് കൊണ്ട് കണ്ണാടി പ്രതീക്ഷിച്ചിട്ടുണ്ട് അതിന്റെ പേര് തക്കാലത്ത് സക്കാലത്ത് എന്ന സിഫത്ത് അതിനുള്ളത് കൊണ്ട് അതിന് മുമ്പിൽ സാധനം വെച്ചാൽ അങ്ങനെ തന്നെ എടുത്തു കാണിച്ചു ഇവിടെ വെച്ചാൽ കാണുന്നില്ല അപ്പൊ അതിന് തക്കാലത്ത് ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്ന എന്താണോ അതുപോലെ തന്നെ വ്യത്യാസം അവരുടെ എനിക്ക് മറ്റൊരുദാഹരണം പറയാം കണ്ണും നെറ്റി നിത്യാസം പറഞ്ഞെ ശരീരത്തിന്റെ ഒരു ഭാഗം എന്തുള്ള നിലയ്ക്ക് രണ്ടു ദുല്യം കണ്ണിന്റെ ഉള്ളിൽ നിങ്ങളുടെ എന്തുകൊണ്ടുള്ളത് കൊണ്ട് കാണുന്നു ആ കാഴ്ച അവിടെ ഇല്ല നെറ്റിയിട്ടില്ല പ്രത്യേകത ഉണ്ട് ആ പ്രത്യേകത ഉള്ളത് കൊണ്ട് അത്ര ഉണർപ്പിക്കാൻ മണി ആ കണ്ണിനു വെച്ചാൽ കിട്ടൂല്ല എന്നാൽ വക്കദാലിക്കൽ ലൈന് തുൽ ജബുഹത്തീ സിഫാറ്റിം ഹൈ ആ സിപത്തിന്റെ വിഷയത്തിലും അതിന്റെ ആകൃതിന്റെ വിഷയത്തിലും ആരും വിഷയത്തിന്റെ കണ്ണും നെറ്റിപ്പിക്കാത്തത് ആ പ്രത്യേകമായ സിപാത്ത ഉള്ളത് കൊണ്ടാണ് കണ്ണുണ്ടാകുന്നത് വേണ്ടി കൈകാര്യത്തിൽ കാത്തിട്ടുള്ളത് അല്ലേ നമുക്ക് അപ്പൊ അപ്പൊ നമ്മൾ നേരത്തെ ബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ടെന്നൊരു ഖരീദത്തുണ്ടല്ലോ ആ ഖരീദത്തിന്റെ നിഷ്പാന്ത ഒരു കണ്ണും കാഴ്ചയും തമ്മിലുള്ള ബന്ധം പോലെ ഞാൻ കണ്ണാണ് അരീതത്തെങ്കിലും ഈ കണ്ണിന്റെ മുമ്പിൽ സാധനം കൊണ്ടുവച്ചാ ഇതരാക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഉനോമിനെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഗതിരാക്കിണ്ടാവുംആാനും പുറത്തുനിന്ന് വന്നിട്ടുണ്ടല്ല അമ്പലത്തല കൊടുത്താൽ ചെന്ന് അതിന് ഈ ബുദ്ധിയാകുന്ന കരീതത്തിലേക്ക് ചേർത്തിട്ട് എന്തിരൂ നോക്ക് ഈ സിയാസിഹ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഒരു റൂമുകളെ ഇംഗിഷാഫ് ചെയ്യലിലേക്ക് വലിക്കും ആ വിശ്രയത്തിൽ ഖുർആാനിന്റെ സ്ഥാനം തന്നെ ബത്താർ കണ്ണിലേക്ക് ചേർത്തിട്ട് ഷൂരപ്രകാശം തന്നെ അപ്പൊ ആ മൂന്ന് സാധനം വേണം ഒരു കാലിൻ്റെ കണ്ട് വേണം കാണപ്പെടുന്ന ഒരു വസ്തു വേണം കാണിക്കാൻ ആവശ്യമായ ഒരു പ്രകാശവും വേണം പ്രകാശം ഇല്ലാണ്ട് ഇരുത്തത്ത് വെച്ചാൽ കാണില്ല ഒരു കണ്ണന്റൂടെ മാതിരിക്ക് അതിന്റെ മുമ്പിലും ഓരോ പല കാര്യങ്ങൾ കിടക്കുന്നുണ്ട് അത് ഇല്ലാനുള്ളത് പോലെ അതിന്റെ തനിമയോടുകൂടി അറിയണമെങ്കിൽ ചെറും കുഹാരനുമാകുന്ന ലൈറ്റങ്ങൾ അടിച്ചു കൊടുത്താലേ ചെയ്യാവുള്ളൂ എന്നാണ് ഏതെങ്കിലും എന്തെല്ലാം ഊഹാപോഹങ്ങൾ ഇരുട്ടത്തെ മനസ്സിലാക്കി വെച്ചുകൊണ്ടാവും وهكذا ينبغي أن تفهم هذه الغليزة <سؤال> والنام <سؤال> التعليف بالعالم برنا إلي غليزة سنة فرغانيه من فلاك العالكام الثاني الاندام تارتم هي الولوم التي تخرج إلى الوجود في ذات الطفل المميزي لجواز الجائزة والتحالة المستحيلات الاندام التعليف بالعيزة كلاولوم غلبتها عبارة عقل نورنا كلاولوم عمر إننا تقولون هذا الوجود ليس بورتوين കുട്ടിന്റെ ദാസി ജാസായ കാര്യങ്ങളൊക്കെ ജായിദാണ് മുത്തഹീനായ കാര്യങ്ങളൊക്കെ മുസ്തഹീനാണ് വാജിബായ വാജിബാണ് എന്നതിന്റെ പണ്ടു ദസോത്തിലൊക്കെ ഓടിയിട്ടുണ്ട് ഇമാമുൽ ഹറമിന്റെ പൗരി ജാദായ കാര്യം ജവാബ് തന്നെയാണെന്നും കാര്യം സംഭവിക്കാത്തതാണെന്നും വാജിബായ സംഭവിച്ചേ പറ്റു എന്നുള്ള മൂന്നുമായിട്ടതാണ് അതിന്റെ മുമൻജിസായ കുട്ടിയിൽ പ്രകടമാകുന്നത് അപ്പൊ അതിന്റെ പ്രായം ചെറുപ്പത്തിൽ തന്നെ കിട്ടുന്നേ ഉദാഹരണം കൽനൽ വാഹിനി രണ്ട് എന്നുള്ളത് ഒന്നിനാക്കാൻ അധികമാണ് എന്ന് പറഞ്ഞിരിക്കേണ്ടില്ലോ ആ തിരുവാട് എന്താ വരുന്നു അത് അച്ഛാണെന്ന് അവർ ഉറപ്പു വന്ന ശക്തൻ വാഹിനായക്കോനും വാഹിനിയും ഒരു സക്സ് ഒരേ വക്കത്തിൽ രണ്ട് മക്കാനിൽ ഉണ്ടാകുന്നില്ല എന്നും അത് അത് എന്തിനുദാഹരണമാണ് ആ وهو الذي أضعنا يرانداما كماني عناناه بعض المتكلمين متكلمين أردت جلدوا تشجدوا هيتو قال في هد الله كلور بردد إنه بعملوا من لرورية لرورية كنورهم إنج بعلان إن وردد سعيد العلم لجواز الجائزات والتحانة المستحيداتين هذه ما منعروا عندما جائزتان لسوكيه بردد وهو إلا صحيح في نفسه مبرد شريفا كذلك في نفس صحيح ذنه എന്തുകൊണ്ട് അന്ന ആദ്യമോജൂദത്വൻ ഇപ്പുറത്തെ പെട്ട ഒരു മോജൂദാണ് തസ്മീയത്വ അക്കലിറോൻ അതിന് ഒരു അക്കിളി എന്ന് പേര് കൊടുക്കുന്നത് വളരെ വ്യക്തം തന്നെയാണ് വേർക്കിന് കുഴപ്പമൊന്നുമില്ല ഇനി ഓരോ ഉണ്ടെന്നറിയാം അതിന് അക്കളി എന്ന് പേര് കൊടുക്കാനും കുഴപ്പമില്ല നമ്മൾ തർക്കടമല്ലോ വൈനമത് ബാധിത അം തൂക്കണ തിരിക്കൽ ഹരീദത്വം എന്നിരുന്നാലും ഇത് ഉണ്ടായിത്തീരാൻ ആവശ്യമല്ല ഹരീതത്തിന് പിന്നിലുകണ്ടേ അതിൻ്റെ ആറാക്കാൻ അതാ വയക്കാലു ല മോജൂദില്ല എന്നിട്ട് ല മോജൂദ ഇല്ലാദി ഒരൂമിലല്ലാതെ ഇല്ല എന്ന് പറയുന്നത് അന്ത ഫാസിന്റെ ബാക്കിയല്ലണ് വൈന്നമൻ ഫാസി ജുൽ ജാഹിദക്ക് മുത്തഹീദായ കാര്യങ്ങൾ മുത്തഹീദാണ് എന്നുള്ള ആ തിരുവാട് മോജൂദ് തന്നെയാണ് ആ മോജൂദായ കാര്യങ്ങൾക്ക് നാം ഒരു പേര് കൊടുക്കണം അതിനരുടെ പേര് കൊടുക്കുന്നതിനൊന്നും നമുക്ക് തർക്കില്ല പക്ഷേ അതിന് തയ്യാറാക്കി തീർക്കുന്ന തരത്തിലുള്ള ഒരു കരീതത്തുണ്ടോ ഇല്ലയോ ഖരീതസ് ഇല്ല എന്നും ഇതെന്തിനേ വരുവത്തുള്ളൂ ഈ ഒതുങ്ങുകൾക്കേ വരുവതുള്ളൂ എന്ന് പറയുന്നതിനാണ് നമുക്കുള്ള ഫസാർത്ഥം അപ്പൊ രണ്ടാമത്തെ മാന പ്രകാരം എന്താക്കേണ്ട ഒന്നാമത്തെ മാനയാകുന്ന ആ ഖരീദത്തിന് നിഷേധിക്കാൻ പറ്റില്ല എന്ന് അത് കഴിഞ്ഞിട്ട് സമറത്താന്നേ പറയാൻ പറ്റുള്ളൂ നാം അപ്പൊ കാലാൻ വായിക്കലല്ലോ ഇംഗാറാക്കലും കാല പറയപ്പെടലും എന്ത് ഈ ഒരൂമല്ലാതെ മോജൂദില്ല എന്നുവെച്ചാൽ ഹരീദത്താന്ന് സാധനം ഇല്ല എന്ന് പറയില്ല അതാണ് നമുക്കുള്ള തകരാറ് അസാലിത്തോ മൂന്നാമത്തേത് ഓരോ മുൻ തുസ് മജാദില്ലാ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലിങ്ങനെ സഞ്ചരിച്ച കാരണത്താണ് പരിജ്ഞാനം അനുഭവ പരിജ്ഞാനം എന്ന് അതാണ് മജലർ പറയും നമുക്ക് ഫൈൻഡത്തുഹുൽ തജാദിബു ഹർദപ്പത്തുഹുൽ മതാഹിമ്പു പലതരത്തിലുള്ള ആശയങ്ങൾ ഒരാളെന്താക്കിയിട്ടുണ്ട് സഹദീബാക്കി പല ഒരുപാട് കൈകൊണ്ടം നേടിയിട്ടുണ്ട് പരിജ്ഞാനം കൊണ്ട് കൈകാര്യം ചെയ്ത് ചെയ്ത് പരിജ്ഞാനം നേടിയിട്ടുണ്ട് ഈയൊക്കെ ആളും ഇന്ന ആക്കിലും പിന്നെ ആദാ ആദത്ത് പ്രകാരം അവനെ സംബന്ധിച്ചെന്തോൻ ആക്കിലാണെന്ന് പറഞ്ഞു പ്രാക്ടീസ് കുറഞ്ഞ ആൾക്കാസിലന്നും പറഞ്ഞു ഒമാൻലായ ഈ ആ ഈ പരിജ്ഞാനം എന്നത് ഷിഫത്ത് കൊണ്ട് മുട്ടസിഫാങ്ങാത്ത വഴുക്കാലു ഇന്നഹു ഹബിയൻ വമറും ജാഹിറും എന്ന് പറയാറുണ്ട് അപ്പൊ കുറെ അനുഭവജ്ഞാനങ്ങളും പ്രാക്ടീസും നടത്തേണ്ടി വരുന്നു എന്നുണ്ട് ഈ മൂന്നാമത്തെ വാരിക്ക് ഒരു അന്നേരം ചുരുക്കത്തിൽ പറഞ്ഞ ഇത് എന്താ അറിയോ നേരത്തെ വറൂരി കുട്ടി തന്നെ കണ്ടതല്ലേ അപ്പൊ അരുപാദ് പരിജ്ഞാനം ഇല്ലാതെ കിട്ടുന്ന ഇൽമെന്ന് രണ്ടാം മതഹബ്ബാർ പറഞ്ഞപ്പോ കുറച്ചും കൂടി പരിജ്ഞാനം കൊണ്ട് കിട്ടിയത് എന്ന് മൂന്നാം മതഹബാർ പറഞ്ഞിപ്പോ വന്നിട്ടുണ്ട് പക്ഷെ പേരെന്താ ഇസം ആക്സിരാൻ അതിന് മക്കൽ നിന്ന് പേര് കൊടുത്തു ഒന്ന് കുട്ടിക്ക് അധ്വാനില്ലാണ്ട് കിട്ടി മറ്റേതോ കൊറേ പരിജ്ഞാനം കൊണ്ട് പരസ്യം മൂത്താത്ത കിട്ടിയും അപ്പൊ രണ്ടും മൂന്നും ഒരുപോലെയുണ്ട് അറുവാബിയോ നാലാമത്തെ നാലാമത്തെ പറയുന്നില്ല ആദ്യം പറഞ്ഞ കരീദത്തുണ്ടല്ലോ ആ അപ്പൊ ഖരീദ സംബന്ധിച്ച് കരീത സംബന്ധിച്ചു പോയി അത് എത്തിച്ചേരുക നേരത്തേക്ക് ഇല ഞാരിപ്പവാക്കിബല്ലുമോർ ഏതൊരു കാര്യത്തിന്റെ അവാക്കിബുകളും ആദ്യം തന്നെ കണ്ടറിയാം ഇതിങ്ങനെ ചെയ്താൽ ഈ ലാർ കാണുമ്പോഴല്ല ഇതിനാൽ ഇന്നത് ഭവിഷ്യത്ത് അനന്തരഫലം ഇന്നത് ഉണ്ടാവൂന്ന് എന്താക്കും കണക്കുട്ടു അപ്പോൾ ആദ്യത്തെ കരീസത്ത് തന്നെ പക്ഷെ അത് ഒരു കാര്യത്തിന്റെ അവസാനത്തെ ഭാഗം കൂടി വായിക്കാൻ കഴിയുന്ന ഭാഗത്തിൽ ശക്തിപ്പെട്ടാലേ അച്ട്ട് ധാരി ല പെട്ടെന്ന് മുമ്പിൽ കണ്ടെത്തുന്ന ലത്തത്തിലേക്ക് ക്ഷണിക്കുന്ന ഷഹവാത്തിന് എന്താക്കും ഇപ്പം തന്നെ വീണ്ടെറിയും അതിപ്പം തണക്കാൻ വൃത്തികരമാണെങ്കിലും അതിന്റെ മറുവശത്തെന്തോ ഒരു ചതിയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഹാർഹാ എന്നിട്ട് ഇപ്പം തന്നെ ഞാൻ പുതിയ ഇപ്പം വെക്കണ്ട ഹലത്തു ഹാദി കുമ്പത്തു ഇത്തരത്തിലുള്ള കുമ്പത്ത് കിട്ടിയാൽ കരീഗത്ത് കിട്ടിയാലല്ല കരീഗത്തിന് കുമ്പത്ത് കിട്ടണം അപ്പൊ ഒന്നും നാലേ സ്വത്ത് പക്ഷെ ഒന്നും നാളെ നമ്മുടെ വ്യത്യാസം എന്താ ആ ഗതീതത്തി ഉണ്ടാകുമ്പം തന്നെ ആക്കിയില്ലെന്നെ പറ്റി പറയും നാലാം മതപ്രകാരം അത് കുവത്ത് കിട്ടിയിട്ടുണ്ടാക്കണം ഈ കാണാതെത്തിന്റെ ആധിപത്യം കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് പറഞ്ഞില്ല ഒന്നാമത്തെ മതപ്രകാരം പറയ അപ്പൊ രണ്ടും മൂന്നും ഏകദേശം ഒന്നാം ഒന്നെന്താന്ന് ഒന്ന് തിറ്റിരിൽ തെറ്റ നാണപ്പെടുന്നത് ഈയ മറ്റേ കൊച്ചു പായസം പ്രായത്തിൽ തജിരിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ വർധിച്ചാലേ വന്നേ ഉള്ളൂ അപ്പൊ മദനപ്പ് ആകെ രണ്ട് രണ്ടിൽപ്പെട്ട ഓരോന്ന് ഓരോന്നിനും വർധനവേ ഒന്നും രണ്ടു കൊടുക്ക ഒന്നും ഒന്നിന്റെ വർധനവും രണ്ടും രണ്ടിന്റെ വർധനവും അപ്പൊ നാളെ അന്നേരാൻ നതുറഫിൽ അവാക്കിഫിൻ കണ്ട അവന്റെ മുന്നിടലും പിന്നിടലും ഒരു കാലത്തിലേക്കുള്ള പോക്കും അതിന്റെ വരവും മടത്തലും എല്ലാം തന്നെ എന്തേ ഉള്ളൂ ഈ അവാക്കിമിലേക്ക് നോക്കിക്കൊണ്ടുള്ള ഹസ്ബത്ത് അനുസരിച്ചേ എന്താവുള്ളൂ ഈ കണ്ട കാഴ്ച നോക്കൂല്ല അതിന്റെ മുറവശം നോക്കീട്ടേ തീരുമാനിക്കുള്ളൂ ലാബി ഹെക്കും ഈ സഹബത്തിൽ എത്തി ആജിലായ സഹബത്തനുസരിച്ച് മുന്നോടുകൂല ഇവർക്ക് അച്ചവടം ചെയ്ത ലാഭം കിട്ടൂന്ന് ഈ ലാഭത്തിനേക്ക് മറികടക്കുന്ന വലിയൊരു വഞ്ചന അന്റെ പിന്നിലുണ്ടോ എന്നൊന്ന് ആദ്യം തന്നെ കണ്ടെത്തുന്നതാണ് ഈ പറഞ്ഞ പ്രകാരം അച്ഛനുണ്ടാവുന്നത് നാലാമത് പറഞ്ഞതും തന്നെ അത് മനുഷ്യന്റെ പ്രത്യേകതയിൽപ്പെട്ടു തന്നെയാണ് അല്ലിട്ട് മനുഷ്യനിക്ക് വ്യത്യസ്തപ്പെടുന്നത് അതുകൊണ്ടാണ് അപ്പൊ ഫൽ അക്ബൽ ആദ്യത്തെ ഹരീഗത്ത് എന്ന് പറഞ്ഞ അതാണ് ഉഷ് ഉസ്ന്ന് തന്നെ അടിത്തറ എന്ന് പറഞ്ഞാൽ വിത്തിറക്കാൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ മണ്ണുണ്ടല്ലോ വിത്തിറക്കുമ്പോ അത് മമ്പ എന്തെന്തോ പറഞ്ഞോ അതാണ് ആദ്യം വേണ്ടത് അത് വളർന്നാ രണ്ടാമത്ത് നാലാമത്തത് ഉണ്ട് അത് കുപ്പത്തിട്ടല്ലേ അല്ലേ അത് ആ ഒന്നാമത്തുണ്ടായാൽ തന്നെ എന്തുണ്ടാവും നെറൂറിയ കൊറേ ഒരു ആദ്യം തന്നെ വിട്ടിപ്പന്നു അപ്പം അതിൽ പ്രായം കൂടുന്തോറും അനുഭവങ്ങളെ കൊണ്ട് വളർന്നു വരുമ്പോൾ മൂന്നാമത്തേതും ഉണ്ട് രണ്ടാമത്തേത് അതിന് അക്രബമായ നറൂരിയായ രൂപീസായ കുട്ടി തന്നെ ഉണ്ടാവുന്നല്ലേ പറഞ്ഞു അല്ലേ വസ്താനി വത്താനി മൂന്നാമത്തേതാണ് അവലിന്റെയും താനിയുടെയും ഫറായിച്ച വരിക നാലാമത്തേതോ എല്ലാത്തിന്റെയും ഫറായി വരിക ഇതിന് കൂവത്തിൽ അതേ ഒന്നാമത്തേത് വൻ ഒലോമിൽ തറൂറിയത്തിയാണ് രണ്ടാമത്തേത് സത്യവ് നോക്കിയ അബ്ബറിന്റെയും താനിയുടെയും പറയുമ്പോൾ മുവത്തിൽ കരീരത്തി വല്ലൊലോമിൽ തറൂരിയത്തി ഒവത്തിൽ കരീര ഏതാണ് ഒന്നാമത്തെ കോലേ ഒലോമൻ തറൂറിയത്ത് രണ്ടാമത്തേത് ഒലോമത്താചാരി അത് മൂന്നാമത്തേത് والرابي هو الثمرت الأخيرا هذا أنا أخيرت آية ثمرت وهي الغائت القصو هذا أنا الغائت النأثى والله إلا تلي أكل غائت تانهم ولكلك من غائت غائت لبعض الأكل ورغين ورغين ويأتنات لديل حسنًا يمكن حسنًا حسنًا حسنًا أبو ونعمتين دندامتين منشان ده ترغزي ترغزي تدخل من الدهو مونعمتين آلامتين كالكرمتين فيه فهسنًا كولي وعنددام إليه അതുകൊണ്ട് പറഞ്ഞു അതുകൊണ്ടാണ് അഖില മുക്തസഭം പറഞ്ഞില്ല അതി സത്യം ഏത് നിങ്ങൾ വധിച്ചിട്ടില്ല മുക്തസഭു എല്ലാത്തിനും മറുപടി ചോദിച്ചില്ല <lad> <numoon> <appos> <appos> െ രണ്ടക്കലായിട്ട് ഞാൻ കാണുന്നുണ്ട് ഒന്ന് മത്തുമു ആക്കല് മറ്റൊന്ന് മത്മു ആക്കല് ഏതാ അസല് മത്മു പലൻ ചെയ്യൂല എപ്പം മത്തുഭൂ അവിടെ ഇല്ലെങ്കിൽ അതായത് ഒന്നാമത്തെ കരീസത്ത് എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തവരും കേസിലൊന്നും പലൻ ചെയ്യൂലല്ല അതാ അതേതുപോലെ കമാല തമ്പ കണ്ണിന് ആദ്യം തന്നെ കാഴ്ചയില്ലെങ്കിൽ സൂര്യപ്രകാശം ഉണ്ടായത് കൊണ്ട് പുറത്തേക്കൊന്നും കണ്ടില്ല കാഴ്ചല്ല കണ്ണിന്റെ മുമ്പിലല്ലേ പ്രകാശം അടിച്ചു കൊടുത്താൽ എന്നത് പറയാം വൽ അവൽ ഹുവൽമൊറാദി കൗരിള്ളൊപ്പിക്കുന്നു അള്ളാഹുതുബനെഹത്താൻ ആദ്യമായി പടച്ച ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞില്ലേ അല്ല മറ്റേ എന്താണ് ഏറ്റവും അക്രമായ ഒരു സൃഷ്ടി അതാണ് ആറാമത് പറഞ്ഞ അക്കല് അവസാനം പറഞ്ഞാണ് മറ്റു ജനങ്ങള് വിർവുകൊണ്ടും സാലിഹാജ് അമലിന്റെ പല ഇനങ്ങളെ കൊണ്ടും വന്നാലെക്കുള്ള തക്കർവ് ഭാഗമോനിക്കലുകൊണ്ട് തക്കർവ്വായിരുന്നു അള്ളാഹുവിന്റെ ലഹായ്മുപതിരത്തുകളും ഷഹൂറും എല്ലാം നിൽക്കുന്ന ഇതിനെ കൊണ്ടാന്ന് ഈ അവസാന തക്കലിനെ കൊണ്ടാന്ന് എന്നുവെച്ചാലോ ഏതൊരു കാര്യത്തിന്റെ അകാസിബും കണ്ടെത്തുക എന്നിട്ടോ ആജിലത്തായ ചഹത്തിനടിച്ചമർത്താനുള്ള പവർ കരസ്ഥമാക്കുക ഇപ്പം തൽക്കാലം ഭൂതിയാളം നിൽക്കട്ടെ അതിന്റെ പിന്നിൽ വലിയൊരു ഭവിഷ്യത്തുണ്ട് എന്ന് കണ്ടെത്തി അതാണല്ലോ അവസാന വഹൽ മുറാദ് ബി ഖൗലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതും യബിദ്ദർദാദ് തങ്ങളോട് ഇസ്ദ അക്ലൻ തസ്ദദു മി റബ്ബിക ഖുർബൻ നീ അക്ലൽ നീ യോരിതോ അന്നാ റബ്ബിന്റെ കൊള്ള ഖുർബാലു നീ യോറൂന്നവർ പറഞ്ഞു അതാണ് മുക്തസൽ ഫകൽ അബിയ അന്ത വ ഉമ്മി ഫകൈഫലി മിദാഹി അതങ്ങനെയാണ് ആ പണി എങ്ങനെയാണോ അലഹിച്ചതു فقال اجتنب محارم الله تعالى الله تعالی حرام هذه காரியங்களை वर्जित किया डाकिर ने नेर आगे ऊपर नुकीता बोलिनो देवते करते के नोकी माते करते मगरबे लेका नोकनु वाद्य फर आज अल्लाह सुभानहू व तआला अदा बोलन एना तकुन हाकिला नी मेरी आखिरागु व अमल बिसालहातिन लिल्लाह मा तजद बिहा दिअत व करामतन व तनलती हादि लुकमा बिहा मिर रबिल कुर्बा वल इज्जा നീ മറ്റുള്ള സാവിഹായ അയമാലുകളെ കൊണ്ട് നീ അടുക്കുക അമൽഫിതോ എന്നാൽ ദുനാവിൽ തന്നെ റബ്ബിന്റെ അടുത്ത് വിഫലത്താലും കറാമത്താലും നീ എറും പരലോകത്തോ റബ്ബുമായുള്ള കുറബും എഴുത്തുകൊണ്ടും നീ കരസ്ഥമാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു ആ ഒരു മൂന്നാൾ അമർ ഉപജീവനക്കാബ് അബൂഹം കടന്നു ചോദിച്ചത് ജനങ്ങളുടെ കൂട്ടത്തില് പറഞ്ഞു അൽ കാല് മുറൂവത്തുഹു വലഹറത്ത് ഫസാഹത്തുഹു വജാതത്ത് കുഹു വാളുമത്ത് മൻസിലത്തുഹു ആക്കലിനെ കുറിച്ച് ഇവർ ചോദിക്കുന്നു അവന്റെ മുറൂവത്ത് പൂർത്തിയായി അവന്റെ ഫസാഹത്ത് വെളിപ്പെട്ടു അവന്റെ കപ്പേതും ഉള്ളെങ്കിൽ ഉള്ളെങ്കിൽ അവഗാദം ചെയ്യുന്നൊക്കെ ബിശ്വാണിക്കുന്നില്ല അവന്റെ മനസില മണ്ണമേറിയതുമായി ഇവനല്ലേ ആക്കിൽ സകാലുകാരെങ്കിൽ തെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞു ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തീർച്ചയായും പിന്നാക്കുന്ന ഹയാസിന്റെ മതാകളാണ് പക്ഷെ ആഹ്തമാണ് മുത്തക്കിങ്ങൾക്ക് പിന്നെടുക്കൽ ഇന്നല്ലാസൽ മുത്തക്കി എന്നാണ് തങ്ങൾ പറഞ്ഞ ചുറ്റം വൈകാലിന്യാ അതും ഹരീതിപ്പെട്ടാലേ إن الله الا هو المتقي وين كان في الدنيا خفيتا وليلا متقيا متقيا ማለት الدنياவு தற்காலிகமாයි தான் நாடு கொள்ள நோக்காதின் மர்மத்தை சிந்திச்சொண்டானಲ್ಲ புரியடுத்துது. ஔல ஸல்லல்லாஹு அலைஹி வஸல்லம் இந்த ஹதீஸ்னாக்ரா இன்மல்லாஹி மன் ஆமன بالله வஸதக்கர் சுலஹு வஅமன பித்வா அமின பிதஹத்தி ஆக்கலாரி இன்ம ஒட்டடா சொன்னார் மன் ஆமனா மாஸ்ட்ரமானதுல இருக்குது. നൂറ്റദാന കമരൽ ഹെച്ചറാക്കുവല്ലോ ഇന്നമൻ ആക്കിലു ആറ്റിലാരി മൻആമനബില്ലാതെ മാത്രമാണെന്ന് പറഞ്ഞു ഇതൊക്കെ ചെയ്തവനാണ് ആക്കിൽ അവൻ മാത്രമേ ആക്കിലുള്ളൂ ഇത് നാലാമത്തെ അർത്ഥത്തിലുള്ള ആക്കിലായി പറഞ്ഞു വന്നു അപ്പൊ നിങ്ങൾ നിങ്ങൾ ബസ്ലുള്ളവർ എട്ട് വന്ന ബുദ്ധിജീവികൾ നാലാമത്തെ ബുദ്ധിജീവികളായിട്ടില്ല ഒന്നും പ്ലസല്ല നാലുകയും മൂന്നും കൂടി പ്ലസല്ല ആ ആ ഒന്നും രണ്ട് മൂന്നും കൂടെ കൂട്ടുമ്പോ ഉണ്ടാകുന്ന ഉത്തരം നാലാമത്തേക്ക് ആരും ഹരീദത്ത് കൂടാണ്ട് ചെയ്യുകയും ചെയ്യില്ല അപ്പൊ കുറെ വെറുതെ അയുമ്പോ കിട്ടും കുറെ നെവു ആയാലും കിട്ടും അല്ല നമ്മുടെ കൂട്ടിച്ചേർക്കുന്ന അവസരത്തിൽ ഏത് കാര്യത്തിന് ഞാതിപത്യ കണ്ടെത്താനുള്ള പദ്ധതിയിലേക്ക് എത്തും അതെന്ന് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കും പറയുന്നത് ഹക്കൽ എന്ന് പേര് കൊടുത്താല് ഹക്കീക്കത്തിൻ്റെ എന്തിനാ പേരുന്നാൽ ഒന്നാമത്താഴാനാക്കോ രണ്ടാമത്തെ ആനാക്കോ മൂന്നിനോ നാലിനോ ലോകത്ത് പ്രകാരം ഒന്നാമത്തലിനാണ് ഹക്കീക്കത്ത് ബാക്കി മൂന്നെണ്ണത്തിന് ലോകത്ത് പ്രകാരം മജാസാണ് ചെറാൻ പ്രകാരം ഹക്കീക്കത്ത് നാലാമത്താഴാനാക്കണം ആ ബാക്കിയെല്ലാം മജാസാണ് അതാ ലോകത്ത് ചെറാൻ എന്ന വ്യത്യാസം അതാ പറയുന്നു അതെന്താ പറയുന്നു അങ്ങനെ ആണെങ്കിൽ തീർച്ചയല്ല അതുണ്ടാവും അതെ അതായത് ഉള്ളിനെ ആ വർദ്ധിപ്പിക്കും അത്ര ഹയാത്തിനെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ല ഹയാത്തന്നൊരു സിഫ് വർഷമാണ് ആ സിഫത്ത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ പവർ കൂട്ടാം അല്ലെ ക്വാളിറ്റി കൂടും ക്വാണ്ടിറ്റി കൂടൂല്ലോക്കേ നമ്മളിപ്പോ നല്ല വിറ്റാമിൻസും സാധനങ്ങളും ചെയ്യിച്ചാൽ നമ്മളെണ്ണം കൂടുന്നില്ല നമ്മുടെ തടി വണ്ണം വെച്ചിട്ട് ചക്തിയും മറ്റേ ക്വാളിറ്റി കൂടാന്നല്ലാണ്ട് ക്വാണ്ടിറ്റി കൊടുത്തില്ല ഒരു തൈ രണ്ട് തൈഡ് ആവില്ല മരുന്നിടിച്ചിട്ട് രണ്ട് തൈഡ് ആവുക വിവാദത്തിൽ രണ്ടാൽ നാൽപ്പത് അവരാവുന്നല്ലാം പറഞ്ഞത് ഈ കണ്ടും തെളിവെല്ലും പിടിക്കുന്ന വർഷവും നമ്മൾ കണ്ടില്ല അഥവാ ഇത് അസലെ ലോകത്ത് പ്രകാരം ഒന്നാമത്തതിന് അസലും അസന്റെ മജാസും ആണെന്നും നാലാമത്തതിന് ചെറിയ അസലും മറ്റേ പറയുന്നത് മുപ്പത് ശക്തിയാതാ പറയുന്നു വൈസ്ലബിഹം എന്നേ പറഞ്ഞിട്ടുള്ളൂ അനുയോജ്യമായ മായന കാണുന്നത് എന്നിട്ടാണ്ട് അങ്ങനെ പ്രയോഗിച്ചു എന്നെല്ലാം പറയുന്നുബിഹും അഞ്ഞത്തുവാൻ അസുലി അസുല ലോകത്തിൽ ഇച്ഛള്ള കരീത ആദ്യം പറഞ്ഞ കരീതത്തുണ്ടല്ലോ അതിലുണ്ടാക്കാം അച്ഛൻ ലോകത്തെ പ്രകാരം ഇസ്മ പ്രയോഗിക്കാം കലാലിക്ക് അസൻ ഇസ്റ്റേമാൽ അത് വളരെ അസുലും തന്നെ ഇസ്ലേമാലും വൈനമ അത്തരക്കാലു സമറത്തുഹാ അപ്പൊ ശേഷമുള്ള മൂന്ന് നാനോമു ലറൂരിമാണെന്നും ലതുയാണെന്നൊക്കെ പറഞ്ഞില്ലേ അതിന് പ്രയോഗിച്ചത് അതിനാൽ ഉണ്ടായിത്തേരുന്ന സമറത്താണ് എന്ന നിലക്ക് മജാസാജ് പ്രയോഗിച്ചാകും കമാറപ്പ് സൈഹു സമരത്തി സാധാരണ ഒരു സൈനിനെ സമറത്ത് കൊണ്ട് പറയാറുണ്ട് സമർപ്പ് നോക്കിട്ട് ഉദാഹരണത്തിന് അൽമുഹുബൽ ഹസിയത്ത് എന്ന് പറയും ശരിക്കും ഇൽമല്ലോ ഹസിയത്ത് പക്ഷെ ഇൽമ കൊണ്ട് ഹഷിയത്ത് ഉണ്ടാകും എന്നുള്ള അബതക എന്ന്ള്ളത് ഫിലാഗ് എന്ന് പറഞ്ഞോർണം അതേകി അല്ലാ ഫിലാഗ് എന്ന് പറഞ്ഞ കത്തിയന്നോർണിലി അൽ ഇൽമു ഹുവൽ ഖസിയത്തു ഖസിയത്തം ജക്ക വൽ ആലിമു മാ യഹ്സല്ലാഹ എന്ന് പറയും നിസൂഫായിലാകി നതറ ഫൈനൽ ഖസിയത്ത സമറത്തുൽ ഇൽമി ബതതകൂനൽ മജാസ് ബിഗൈർ തൽക്കൽ ഗരീദ ആ ഗരീദ അല്ലാ തബാകി മഅനാതി ദുരയോചണതായി മജാസ് ആയി എന്നല്ല മജാസ് പോലേ എന്ന് പറയും അതുകൊണ്ട് മൂപ്പറ സ്വന്തം ഇരിക്കുന്നതായുകൊണ്ടാണ് പറഞ്ഞത് ും മജാക്ക് മാത്രമേ ആകുള്ളൂ നാം പക്ഷേ അതീകത്തും മജാദും ചർച്ച ചെയ്യലല്ല നമ്മുടെ ഉച്ച വലാസിൽ ലൈസൺ ബഹസിലുവാ ലുത്ത് പ്രയോഗം എന്തെന്ന് നമുക്ക് ലക്ഷ്യമല്ല ഈ നാലെണ്ണം ഇവിടെ ഉണ്ടെന്നും വൻസ അക്കൾ എന്ന പേരെല്ലാത്തിനും പറയരുണ്ട് അത് മജാദാച്ച് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഹാഫി കത്തം പറഞ്ഞു അങ്ങനെ പറഞ്ഞു മുസ്തറക്കാഴ്ച പറഞ്ഞു അങ്ങനെ പറഞ്ഞു മുസ്തറക്കാകുമ്പോൾ അതോ വിത്യാസം ഉണ്ടായിരുന്നു എല്ലാത്തിനും ഹാപ്പിക്കത്തായിരിക്കും ഹക്കിക്കത്തും മജാദാകുമ്പോ ഒന്നിന്റെ അർത്ഥനും മറ്റേ തന്നെ പായിട്ടുണ്ടാകുക അപ്പൊ അതേ അവസരത്തിൽ ഒരേ സാധനം ഇതിനെല്ലാത്തിനും പറയുമ്പോ എല്ലാത്തിനും ഹാഫീക്കത്ത് തന്നെ ഇരിക്കുമല്ലോ മുസ്തറക്കാൻ അതിൻ്റെ എല്ലുണ്ട് എന്നതിന് തർക്കമില്ല നിങ്ങല്ലാതെ ഒരാളിങ്കാറാക്കിയിട്ടുണ്ട് മറ്റുള്ളവർക്കല്ലേ നിങ്ങളുടെ മറുപടി എടുത്തെ ഹിമാറും ജമാതലും പറ്റിട്ട് അല്ലേ അത് പറയുന്നത് ഒന്നാമത്തെ സിലാപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നറവാണ്ട അത് പറഞ്ഞുകൊണ്ട ബാക്കി മൂന്നു ഇക്കൂട്ടം സംഭവിക്കുന്നുണ്ട് ഏതൊരു യുദ്ധി പറഞ്ഞിട്ടുണ്ടാവും അതിനെ പറ്റി മുപ്പത് പറയുന്നു സിലാപ്പ് ഉണ്ടായിട്ടില്ല ഒന്നാമത്തെ ഇതല്ലാതെ എന്നാൽ അതിന് നമ്മളുടെ മതബന്ധം അത് ഉണ്ടെന്ന് മാത്രമല്ല മതി നീയല്ല അസുദാമത്തെ അസുര തന്നെയാണെന്നാണ് ഞമ്മൾ സ്ഥാപിച്ചത് മക്കനെ പാറ്റി പായില്ലേ രണ്ടു മൂന്ന് കരിവും പിടിക്കുന്നു അപ്പൊ മഹാദേഹിന്റെ ഉരുവമോ അപ്പൊ ഈ ശേഷം പറയപ്പെട്ട മൂന്ന് ഉരുവും കുറഞ്ഞില്ലേ ഒന്നാമത്തെ അസുരവും ഇത് തമ്മിലുള്ള ബന്ധം തന്ന് ഈ അസുര കരി ഇതും ഇതെല്ലാം ഏതുപോലെ ഉള്ളടക്കിയിട്ടാണ് പിറ്റിന്ന പറയും അത് വരക്കുമ്പോ പുറത്തു വരിക ഒരു കല്ലിൻ്റെ ഉള്ളിലിങ്ങനെ രണ്ടും കല്ലും കല്ലും തമ്മിൽ കൂട്ടിയാക്കാൻ തീ പോർന്നെ തീ അതിന്റെ ഉള്ളിലുണ്ടല്ല ഒന്ന് എന്ന് പറഞ്ഞ മാതിരി ഈ നുള്ളിലുണ്ട് എല്ലാം ഒരുച്ചി വെച്ചിട്ട് മാറ്റി മൂന്നും അതി അക്കിന്റെ ചരിച്ചങ്ങിട്ട് നെറ്റിറ്റ് ഉപയോഗപ്പെടുത്തുമ്പോന്ന് നെറുരിയായിരുന്നു നെറുകായാലും തരാതി വസ്തു എല്ലാം കൂടെ പുറത്തു വരും അതാ വഹാദിഹിന്നു കാന്ന അവിടെ കാന്നയിട്ടിട്ട് പോകുള്ളൂ മുട്ട കമ്പിനം ഫീ തിൽക്കൽ കരി തിൽക്കിത്ര മനുഷ്യനെ പടക്കുന്ന ചിത്രത്തിൽ തന്നെ ഈ ഹരീദത്തിൽ എന്താക്കി ഈ മാവിശേഷമുള്ള മൂന്നും അലോഹാ തന്നെ ഉടുക്കിയ മാറിയിട്ടുണ്ട് ഒലാക്കിൻ തലഹറഫിൻ വുജൂ പക്ഷെ അത് വുജൂതിലേക്ക് പുറത്ത് വേണമെങ്കിൽ ഇതാകറ ശതബൻ യുവരിൽ പുറത്ത് വന്ന് ശതമുണ്ടായിത്തീരണമെന്നാണ് എള്ളിന്റെ ഉള്ളിൽ എണ്ണ അല്ലേ പക്ഷെ എണ്ണ ഒരിക്കുന്ന ഒരിക്കലെ എന്ത് വേണോ അതിനെ കൊണ്ടപ്പറ്റി ചക്രീനിന്ന അവസ്ഥ അപ്പം ശബബും യുക്കിന്റെ ജുഹാഗിലും ഞാൻ ഒരു ശബ്ബ് വേറെ വേണമല്ലോ ഈ അറീഹത്തിന്റെ ഭണ്ടതുപോലെ കൈകാര്യം ചെയ്യുമ്പോൾ അപ്പൊ ഇതുപോലെ ഇത് ബിഷൻ ഈ പുറത്തുനിന്ന് വന്നു ചേരുന്നതല്ല എള്ളിലുള്ള എണ്ണ എന്ന് പറഞ്ഞ എണ്ണ പുറത്തുനിന്ന് വീട്ടിയതല്ല അതിനുള്ളിൽ തന്നെ നേരത്തെ ഉലിച്ച സാധനം എണ്ണ നോക്കിയാൽ കാണൂല കള്ളത്തിൽ അടിയിലെണ്ണയില്ലേ എണ്ണ ഇവിടെ അതിനുള്ളിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് പക്ഷെ അത് പുറത്ത് വേണമെങ്കിൽ അതിനൊന്ന് ഒരു ഫീസില് വേറെ വേണം ഒന്ന് വരുന്നല്ല അപ്പൊ മക്കളെണ്ണ ആക്കാനത്ത് മൊത്തത്തിന്നീനാ പള്ളഹറ അതാദ്യം അതിൽ തന്നെ മറഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു പിന്നീട് അതിനെ പുറത്തെടുക്കാനുള്ള അസുബാബ് പ്രയോഗിച്ചപ്പോൾ അത് പുറത്തു വന്നതെന്നാവേണ്ടത് ഭൂമിയിലുള്ള വെള്ളം കണലിന്റെ വെള്ളം നോക്കിയാട്ടെ കുഴിച്ചു കോറി ഇപ്പം വെള്ളം ഉറവു എന്നതാണെന്നല്ലാണ്ട് കൊണ്ടുപോയി വീട്ടിയ വെള്ളമല്ലല്ലോ അതുപോലെ തന്നെ നെഹ്റു ഹസ്റ്ററിൽ ഡിഗ്രി കണൽ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം ഉറവായിട്ട് വർത്തണം വയസ് എം ഐ ജി സമീപം അത് ഇങ്ങനെ ഒരുമിച്ചുകൂടും വയസ്സം ഐ എസ് കണ്ണിന്റെ കാഴ്ചയിൽ തന്നെ വെള്ളം തന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ ലാഭി ആ മൂസാക്കൈ ഡി ഹാശും ചോദിച്ചതും പൈപ്പ് നടത്തിയിട്ട് കണലിലേക്ക് ഒഴിച്ചതല്ലല്ലോ എന്നതുപോലെ അതുപോലെ വധത്തിന്റെ ഉള്ളിലടങ്ങിയ അന്നേത അതുപോലെ തന്നെ വിചാരിച്ചു മാവുൽവർദി ഫിൽ വർദ്ധി അതുപോലെ തന്നെ പനീരിലുള്ള വെള്ളം പോലെ പണ്ണീരിങ്ങനെ എടുത്തു നോക്കിയാൽ പണ്ണീർ വണ്ണീരാച്ച് കാണാം അയലം അത് എതറിങ്ങനെ പൂജിക്കാൻ പോലും വെള്ളം കിട്ടാം വലിതാലിക്കളം ഇവിടെ ഞാൻ നിങ്ങളെ റബ്ദല്ലേ എന്ന് ആരോടെ ചോദിക്കുന്നത് അർവാഹിനോടാ ചോദിക്കുന്നത് അപ്പൊ റബ്ബാണെന്നുള്ള അറിവ് ആദ്യം ഇണ്ടാണ്ടതിട്ട് വേണ്ടേ എല്ലേ ചോദിച്ചത് ആണെന്ന് പറയണമെങ്കിൽ ഏ നീ ആണല്ലേ ചോദിച്ചാല് ആണാണ് എന്നുള്ളൊരു ഓർമ്മ ആദ്യം കുറിച്ച് ഇണ്ടേ അപ്പൊ പൽമുറാതി ഇക്കറാറൊരു ഒപ്പോസിഹിയും ഇല്ല ഇക്കറാറുള്ള അൽഫിന നാവ് കൊണ്ടുള്ള ഇക്കറാറല്ല അവിടെ നടക്കണം നാവില്ല ശരീരം ഉണ്ടായിച്ചു കൊണ്ട് നാവ് ഉണ്ടാകാൻ നാവന്നില്ല അപ്പൊ നാവ് കൊണ്ടുള്ള ഇക്കറാറല്ല അതിന്റെ ഉള്ളിൽ മറഞ്ഞുകിടക്കുന്ന ചില ഉരുവമുണ്ട് ഞാനത് കൽക്കാണ് ഞാനത് അബുദാണ് എനിക്കൊരു ശൈലിണ്ട് എന്നുള്ള ആ ബോധം അപ്പൊ ഇക്കറാറുള്ള അലച്ചിനത്തല്ല കാലുവ ബലെന്ന് പറഞ്ഞ എല്ലാവരും ബലാന്ന് പറഞ്ഞ് വരാം പക്ഷെ ഗുഞ്ഞാവിൽ എത്തി നാവ് പടക്കപ്പെട്ടപ്പോൾ നാവ പറയുന്നു എല്ലാം അതാ ഫൈൻ ഇന്തസമൂഹത്തിൽ ഇക്കറാറുള്ള അലച്ചിന നാഗ് കൊണ്ടുള്ള ഇക്കതെല്ലാം അവർ പല തരക്കാരുണ്ട് ഹൈസോജിറ്റൽസിനു പല്ലുണ്ടാ ഓരോ ചസ്സുകളും ആ ചസ്സുകൾക്കുള്ള നാഗുകളും പുതുതായി ഉണ്ടായ അവസരത്തിൽ ഡിറ്റാം കൊണ്ട് മാറ്റി പറയാൻ തുടങ്ങി അല്ല എന്നും പറയുന്നു പഠിച്ചോ ഇല്ല എന്നും പറയുന്നു എത്രയൊക്കെ ഇങ്ക ഇല മുർദിൻ വൈലാജാഹിദിൻ അത് ഇക്കതാർ ആക്കിയ ആളുണ്ട് നിഷേധിച്ച ആളുകളുണ്ട് ഇല്ലാന്നു ഇൻകസം ബാക്കി ഇൻകസമോ ഇലാർദിൻ വന്നിടാനിക ഖാലല്ലാഹു താല വലാ ഇൻ സഅൽതഹും മൻ ഖലഖഹും നിങ്ങൾ സൃഷ്ടിച്ചതായി എന്നോട് ചോദിച്ചാൽ യഖൂലുനന്നല്ലാഹ് അല്ലാഹു ആണ് ഉറു പറഞ്ഞു ഏതുവാണ് അപ്പോൾ അള്ളാഹില്ലാണോ എന്ന് പറഞ്ഞൂട്ടോ ആ പറയുന്നുണ്ട് പക്ഷെ നാമ കൊണ്ടല്ലൈ പറഞ്ഞു മഅനഹു ഇന്നി നൈത മറത്തു അഹ്വാലുഹും തശഹിദു ബിദാലിക നുഫൂസുഹും വമാവാതിഹുംനാ എന്നെങ്ങന സൃഷ്ടിച്ചൊരുത്തൻ ഉണ്ട് എന്നവ പറ പരിവർത്തി തന്നെ അതിനെ പറയുന്നുണ്ടാവോ ോ മാറ്റി പറഞ്ഞോണ്ടി പറഞ്ഞു സാധ്യമേയല്ല അത് മറ്റു ഇഷ്ടങ്ങൾ കീഴടക്കിയിട്ടില്ലെങ്കിൽ ആ ഫിത്രത്തുമ്പായിക്കൊണ്ടാ ജനിക്കുക എന്നല്ലേ അഭിനയല്ലാം ആ പിത്രത്തിനെ വർദ്ധിപ്പിക്കലാണ് ആരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉറപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നു എന്നടത്തല്ലാൻ പറ്റുന്നല്ലു ആദമയ്യൻ നമുക്ക് ഏത് ആദമയ്യം ജനിക്കുമ്പോൾ തന്നെ അള്ളാഹുവിനെ കൊണ്ടുള്ള ഈമാനമല്ല പിള്ളത് മാത്രമല്ല ഇതെല്ലാം പണ്ടും അബായ്മോ അല്ലാമത്തും അല്ലാമത്തും എന്താണല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനെ ഹിജപ്പെട്ടത് ഏതാണ്ട് ഒന്ന് നഫൂസ് ഒന്ന് തടികൾ പിന്നെ കുഞ്ഞാബ് പിന്നെ കൽക്കുന്നുണ്ട് പല ഇനങ്ങളൊക്കെ തിരിച്ച് മബാലിറ്റങ്ങൾ കാര്യത്തിൽ മതി അല്ലാമത്താണെന്ന് പറഞ്ഞിട്ട് അതിന അന വിശദീകരിച്ചു ദറാക്കത്താണെന്ന് അതിന്റെ ബോലം വന്നിട്ടുണ്ട് അല്ലെ ഇരുമിന്റെ പെരുത്തിയ പണിയാണ് മബാസിൽ കഴിഞ്ഞു അത് അല മാരിപ്പത്തിൽ അഷ്യ അലാഹി അലഹി ആയിക്കൊണ്ട് അറിയുന്നതിന്റെ മാരിപ്പത്തിന്റെ മോളുടെ പിത്രത്താണ് ഞങ്ങളുടെ പിത്രത്തിൽ ദിൽസയിൽ നിന്നല്ല അതിനെ അന്നഹാക്കാൻ മുതമ്മനത്തെ സീഹാ എന്നർത്ഥം അതിലുള്ളടക്കം ചെയ്യപ്പെട്ടിട്ട് അന്നാപ്പത്തിനാണ് എല്ലാമത്തായും അറിയുന്നത് ബിൽഫയിലാകണം നിങ്ങൾക്ക് വേണോ അറിയാനുള്ള അച്ഛന് വേറെ ആലാത്ത് വേറെ സംസാരിക്കാനുള്ള വേണോ കാണാനുള്ള കണ്ണുമാണോ ഇങ്ങനെ പലതും ബേഞ്ച് വരുന്നുണ്ട് അതുംറാഖിലേക്ക് അതിനുള്ള തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അതിപ്പം മറഞ്ഞടക്കുക ചെയ്യുന്നു പ്രകാരം തന്നെ ഈമാൻ ഇവിടെ മർക്കൂതത്താണെന്നിപ്പോ വന്നതല്ലേ അങ്ങനെ വന്നപ്പോൾ ജനങ്ങൾ രണ്ട് തിരക്കാറുണ്ട് ഒന്ന് ഇലാമൻ കുഫാർ ഇവിടെ വന്നു നോക്കുമ്പോ എല്ലാം ഏറാണ്ടാക്കി ആ രംഗം കംപ്ലീറ്റ് മറന്നുപോയ കൂട്ടുന്നു അവർക്കൊപ്പാറുകളാണ് വൈലാമൻ നജാരൂപ്പതക്കറ മറ്റ് ചിലർ പഴയ കാലത്തിലേക്ക് ഓർമ്മ മടക്കി മടക്കിയപ്പോ ഞങ്ങൾ കണ്ട് ഇങ്ങനെയായിരുന്നല്ലോ എന്ന് വന്നു ഇങ്ങനെ രണ്ട് തരക്കാരാണ് പച്ചതക്കറ അഭയക്കം ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഒരാളെ കയ്യിലെന്തോ സാധനം കൊടുത്തൊരു അമാനത്തു കൊടുക്കാനുണ്ട് ഈ അമാനത്ത് ഇയാൾ മറന്നങ്ങട്ട് പോയി പോവുകയെന്ന് ഇങ്ങനെ പോകുന്നു അല്ല ആരുടെ സാധനം കൊടുത്തു വളരെ ഓർമ്മ വന്നിരുന്നു അത് ഓർമ്മിപ്പിക്കാനാണ് ആര് വന്നത് അമ്പ്യാമികൾ വന്നത് മറ്റവർ അമ്പിയാമസ്തൽ പറയുന്ന അവസരത്തിൽ പറയുന്നേ അങ്ങനത്തെ സാധനം ഒന്നുണ്ടായിട്ടില്ല അധികം വെറുതെ പറഞ്ഞു ولذلك قال ثنا قال عز وجل ان لهم يتذكروا هي تذكر اول الالباب وذكروا انك لمرتدا وذكروا عايشوكडा और किदिकडा अब आयलेक औरम मरकाने बोल वلقد اتنا القران للذكري فهل من مذكير واتسم يتو حاضر المدت ذات قران ليس بمايرين अब ये पर्यायपटे कोलम तदकूर പണ്ട് കഴിഞ്ഞു പോയ ഒന്നിനെ ഓർമ്മിക്കില്ലല്ലോ തടക്കൂർ ഉണ്ടായി ആ തടക്കൂർ പെയ്തു കൊടുക്കുന്നത് ബറീദല്ല എന്തുകൊണ്ട് തടക്കൂർന്ന് പറയുമ്പോ സാധാരണ ബാസാ അതിന് ബറീദല്ല എന്ന് വരേണ്ടിയിരുന്നത് തടക്കൂർ എന്ന് സാധാരണ പ്രയോഗത്തിൽ ആദ്യം ഒന്നികളുടെ ഓർമ്മയോടുകൂടി ഇതിലേക്ക് കേട് ചെയ്ത് വെച്ചു ആ തീട് ചെയ്ത് തിരിച്ചെടുക്കലാന്ന് എന്ന് പറയും തടക്കൂർ എന്ന് പറയും അപ്പൊ കീട് ചെയ്ത് വെച്ചതിനെപ്പറ്റി നമുക്ക് ഓർമ്മയില്ലല്ലോ അതിന് തടക്കൂറിന് രണ്ടർത്ഥുണ്ട് അതാ േര് കൊടുക്കുന്നതിന് വൈകുന്നല്ല കാരണം തഥക്കുർ രണ്ടുണ്ട് ആദ്യമാ അഞ്ഞെടുക്കറ സൂറത്തൻ കാനത്ത് ഹാദിറത്തൽ വുജോതി ലാത്തിൻജ്യോതി അതാ ഇന്ന് നടക്കുന്നുണ്ട് ഇവനക്ക് ഹാദിറായ ഒരു സൂറത്ത് ആദ്യം കൽബിലേക്ക് ഏറ്റുവെച്ചതിന് ശേഷം പിന്നെ പറയാം രണ്ട് വീണ്ടും അത് തിരിച്ചെടുക്കാം എന്റെ മെമ്പറേയും തിരിച്ചുകൊണ്ടുവരാം അത് ഇവിടെ നടക്കുന്നില്ല എന്ന് പറയാം രണ്ടാമത്തേത് ഉണ്ട് അഞ്ഞ സൂറത്തും കാനത്തും മുളമ്മണത്തും ഫീ ബീർ പിത്തടത്തി പിത്തടത്ത് പ്രകാരം നേരത്തെ ഉള്ളടക്കം ചെയ്യപ്പെട്ട ഒരു കാര്യത്തിൽ തിരിച്ചെടുക്കൽ എന്ന ആ പ്രകാരം ഇവിടെ തടക്കൂറിന് പറഞ്ഞ മതിലോ മുപ്പത് എംബിനോരോ പ്രയോഗം പ്രയോഗിക്കുന്നു മനസ്സിലാക്കും തസ്മീ സുഹാദനമത്തി തടക്കൂരൻ ലൈസിബീഡിന് എന്തിനു പറഞ്ഞു തഥക്കൂറിന്റെ സാധാരണ അർത്ഥം പറ സാധാരണ അർത്ഥം പറഞ്ഞ് നോക്കുന്നില്ല ആ തടക്കൂറിന് രണ്ടും മേലുണ്ട് ഒന്ന് വന്നിട്ട് ഫീഡ് ചെയ്തതിന് ശേഷം അത് ഒഴിവാക്കും ഒരു വാക്കിന് വീണ്ടും മടിച്ചെടുത്തു ആ തണക്കുന്റെ അർത്ഥത്തിനല്ല ഈ പറഞ്ഞു വരുന്നത് നേരത്തെ ഉള്ളതിനാ വീണ്ടൊട്ടു മഹാദിഹിറത്തു ബിനൂറിൽ ബസീറ ബസീറത്തിന്റെ കണ്ടുകൊണ്ട് നോക്കുന്ന ഇത് വളരെ വ്യക്തമായ ചില കാര്യങ്ങളാണ് ബസീറത്തുള്ള വസ്തുപ്പന്നെ വന്നു കഴിഞ്ഞില്ല അതേ വസ്തുക്കുന്നലാമയസ്തമായ യാഥാർത്ഥ്യം വെളിപ്പെടാതെ കഷ്പം ഇയാറൊന്നുമില്ലാതെ കണ്ട് വെറും തക്കലീതും സമയം കൊണ്ട് മതിയാക്കുന്ന കൂട്ടർക്ക് ഇത് ഉൾക്കൊള്ളാൻ കുറച്ച് ഉണ്ടാവുന്ന അതന്നെ വർദ്ധക തക്കലീന്ന് ഇങ്ങനെ വായി വന്നിരിക്കുന്ന അവൻ വന്നിട്ട് ചിന്തിക്കാൻ കഴിയാറില്ല അവൻ ഇത് ഉൾക്കൊള്ളാൻ കുറേ പ്രയാസമായി തോന്നിച്ചു ബസിറത്തു കൊണ്ട് ചിന്തിക്കുന്ന ആളുകൾക്കും വളരെ വ്യക്തമായ കാര്യമാണ് ഞാൻ പറഞ്ഞൊരുക്കുന്നത് വലിതാലിക്ക് തറാകൂ അതുകൊണ്ടാണ് ഈ തക്കലീട് കാണാൻ ഇങ്ങ് കാണാം എത്ര കമ്പത്തൊക്കെ ഈ മിസരി ഹാദികളിലായ ഇത്തരത്തിലുള്ള ആയാ തപ്പി തടയുന്നത് കാണാം എങ്ങനെയാപ്പ തടക്കുറ് തടക്കൂർ പറഞ്ഞാൽ ആദ്യം മനസ്സിൽ കയറി വരിക അപ്പൊ മനസ്സും തടിയല്ല ഉണ്ടാവണം തടക്കൂറാക്കിയതിന് ശേഷം എന്താക്കി അത് മറക്കുക മനസ്സിൽ കീറിയതിന് ശേഷം പിന്നെ രണ്ടാം പാ ഓർമ്മിച്ച് വിട്ട് തിരിച്ചെടുക്കണം അതിന് അങ്ങനെ ഒന്ന് കേട്ടി തന്നിട്ടുണ്ടാ ഞാൻ പിന്നെ തലക്കൂർ ഇങ്ങനെ പറയുന്നു ഖുറാമ്പന്റെ തടക്കൂറിന് വേണ്ടിയിട്ടാണ് ഏത് തടക്കൂറ് ചിത്രത്വ പ്രകാരം ഇവരെ നേരത്തെ പീഡിത് വെച്ച ഒന്നിന് തളക്കൂറാക്കാൻ നീ പറഞ്ഞിരുന്നത് അതിന് വല്ലാതെ പാടുപെടുന്നു അപ്പം ഈ തടവിയിൽ തടക്കൂരി ഇതൊട്ടോ തലക്കൂറിന് അവർ തകവിയിലെടുക്കുന്ന ബീക്കറാ പോത്തി വൈകരമാണ് വലിലിക തറാഹു യതഹബ്ബതു ഫീ മിഥലി ഹയാതിൽ ഹാദിഹിൽ ആയതി വതഹത്തഫ് യതതബ്ബതു ഇല ലഅസ്ഫാക ണ്ടിക്കോ ഫീ മിഥലി ലഅസ്ഫാക ഫീ തഹ്വീൽ തദക്കൂർ തദക്കൂർ തഹ്വീൽ എടുക്കുന്ന വിഷയത്തിലും എങ്ങന തഹ്വീൽ ബി ഇഖ്ബാരിൻ നുഹൂസ് നുഖ്സിൻ ഇഖ്റാറി എന്ന തഹ്വീൽ എടുക്കും വൈകരമാണ് അതെ അതെയാണ് തഹ്വീൽ തദക്കൂരിന്റെ തഹ്വീലിനെ കാണിച്ചു കൊടുക്കുന്നിടം എന്ത് കൊണ്ട് തേവീല് കൊടുക്കുന്നു കിട്ടണ്ടേ ആ മുട്ടി കിട്ടണ്ടേപ്പ് തഥക്കൂറിന് ഓറും അയനോടുക്കുന്നുണ്ട് നഫ്സിന്റെ ഇക്രാറാവുന്നു ശരിയാ തടക്കൂർ അല്ലാതെ തെളിവയിൽ കൊടുക്കുന്ന പറയുന്നു അങ്ങനത്തെ ആ വിഷയത്തിൽ വസീ തെളിവിന്റെ അവിടെ ആ വാവ് വേണമെന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഏ വയത്താസ്തഫു വീ തേവിൽ തഥക്കൂറിന് ആ വാവ് കണ്ട ആ വാവങ്ങളായി കളിയ അയാളത്തെ ഞാൻ കിട്ടാ അട്ടിമറിക്കും എന്നല്ല ഞാൻ ശരിയാക്കിയത് ഇവർ നേരെയാക്കുമ്പോ വഴി താളിക്ക തടാറു എൽ ആയാൽ തടക്കൂറിനെ പറ്റി പറയുന്ന ആയാത്തിൽ വധുക്കുറു വധുക്കുറു എന്നാടാ പറയുന്നത് നമ്മളോട് നിയമത്താഹി അലയിക്കും വാസക്കും വിങ്ങളോട് കരാറ് വാങ്ങി ആ കരാറിനെ നിങ്ങൾ ഓർമ്മിച്ചിരുന്നു ആ കരാറ് മുമ്പ് വാങ്ങിയിട്ടുണ്ടാ വാങ്ങിയിട്ട് ആദ്യം മനസ്സിലേക്കേതിയേറ്റി ആയി ബാധിച്ച് പിന്നെ മടച്ചെടുക്കണം എന്നറിഞ്ഞ് അങ്ങനെ ശ്രമം നടന്നില്ലല്ലോ അതിന് രണ്ടാമത്തെ മായവർക്ക് നേരത്തെ നിങ്ങളുടെ പിത്തറത്തിൽ രൂഢമൂലമായ ഒരു കാര്യമുണ്ട് അത് പുറത്തേക്ക് തെളിയിക്കുകയും ഈ പറഞ്ഞു തരുന്നത് അപ്പൊ വയസ്സാ സ്റ്റഫ് സി തെളിവയിൽ ആ വസീന്റെ വാദം കളയാ വയസ് ആസ്റ്റഫ് സി തെവിയിൽ ഖുറാനിൽ ചൽപ്പിക്കപ്പെട്ട തടക്കുള്ള തെളിവീല് കൊടുക്കുന്ന വിഷയത്തിൽ ഒരു കാട് കയറി എങ്ങനെ തെളിവൽ കൊടുത്താൽ ഇക്റാർ നസ്റ്റുകൾ ഇക്റാറാണ് എന്നാണ് ഓർത്തം കൊടുത്തത് അങ്ങനെ എത്തരത്തിലുള്ള പല ഇനങ്ങളും കൊണ്ട് അതും ആവശ്യമില്ല വയസഹായലും ഇരങ്ങി പിന്നെ അഖമ്പാരി വല്ല ആയാത്തിൽ രൂപം ഇതിനെ മുനാക്കുന്ന എന്നിട്ട് ഓർക്ക് തോന്നിയതെന്നറിയോ ആയാത്ര അഖമ്പാറും തമ്മിൽ എന്തെങ്കിലും മയാസം വല്ലാതെ വൈരുദ്ധ്യങ്ങളുണ്ട് ഓർക്കു വരെ തോന്നിപ്പോയി മുമ്പ് ആരോ കണ്ടുപെച്ചോണ്ടി പറയുന്നു ആ ചടക്കൂറിന്റെ അർത്ഥം രണ്ടെണ്ണം എന്ന് മനസ്സിലാക്കാത്ത കേടാതി വന്നത് ഒന്നാമത്തെ അതിനെന്താ പുറത്ത് എന്നൊരു സാധനം കൊണ്ടുവരിക എന്നിട്ട് അത് കിറ്റ് എന്നിട്ട് ചിറ്റെടുക്കാം മറ്റൊന്ന് നേരത്തെ അതിലുണ്ട് അതിന് ഇപ്പോൾ പുറത്തെടുക്കാം ആ രണ്ടാമത്തെ ആനിയാണ് ഇവിടെ തദക്കുറു തൊതുക്കുറു എന്നൊക്കെ പറഞ്ഞർത്ഥം വെറുഭമായി അകതിബ് നാലിക്ക് ആന എളുതുറയിലേ ആ ബേന എത്തിച്ചേക്കാർ എന്നിട്ടോ ഈ അകമ്പാർ ആയാത്തിനെ ഒരു നിസ്കാരത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോയി ഈ സോതൽ കാരണത്താൽ ഇതെന്തായ് ഇപ്പം എന്തായാലും ഇതെല്ലാം പരസ്പരം വന്നിട്ട് ചോദിച്ചു അങ്ങനെ പറഞ്ഞ് ചെ ഇങ്ങനെ പറയുന്നു ഇല്ലാത്ത പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊടുക്കും വയ്യാഴ്ച ഈ തഹാഫു തഹാഫുത്ത് അർത്ഥമില്ലാത്ത ചിറ്റിമ്പയും പറഞ്ഞിട്ടുണ്ടല്ലോ ആ തഹാഫുത്താണെന്ന് ഓനേറ്റി കറിയുന്നു അതിന് ഈ ഓനിക്കു പറ്റി മിസാദു അപ്പൊ മിസാദു മിസാലുള്ള ആയ്മ ഒരു കുരുടന്റെ ഉദാഹരണമാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഒരു താറാൻ ഓനൊരു പരിക്കേറി വീട്ടിൽ അടക്കി ഒതുക്കി വെച്ച കൊറേ പാത്രങ്ങളുണ്ട് ആ പാത്രത്തിന്റെ മുകളിൽ അന്ന് നടന്ന് കേറിപ്പോയത് നടന്ന് കേറി യുവനെന്താ പറയുന്നത് ഇതാരാ ഈ വഴിയിലൊക്കെ പാത്രങ്ങൾ വെച്ചിരിക്കുന്നു യുവന്റെ കണ്ണ് കാണാത്താണ് ഇവ സമ്മതിക്കുന്നില്ല പാത്രം വഴുക്കി വെച്ചോണ്ടാ കടഞ്ഞു വിടുന്നു പാത്രം തട്ടിപ്പോയി അവൻ പറയുന്നു പോയൊക്കെ പോലും മാന്യ ഹാജിഷൻ ലവാദിൽ ആ തുറുപ്പാണിനെ തരി വഴിയിൽ വെച്ചിട്ട് മാറ്റി വെക്കാതെ കണ്ട് വഴിയിലാണ് പാത്രം വെക്കുക ഏ സുഹൃത്ത മമാനിടെ അറമ്മണിക്ക് നല്ലത് നിലക്കണ് വെച്ചങ്ങായി വൈദ്യീട്ട് കാടുക ഇങ്ങനെ ഓനോട് പറയേണ്ടത് ഇന്നഹാ സി മവാഹ പാത്രം ബക്കേണ്ട സ്ഥലത്ത് തന്നെയുള്ളത് വൈന്നമൽ കലലും കാഴ്ച നീക്കി ഇല്ലാത്തതുകൊണ്ടാണ് തപ്പിക്കോ എന്ന് വെച്ചോട പാത്രത്തിൽ കടാലിക്ക് കടലും ബസീറ ഇത് തന്നെയാണ് ഈ ബസീറത്തിന്റെ കടലിലൂടെ സംഭവിച്ചി മധുരാഹു കടൽ വസീറത്തിനുണ്ടാകുന്ന കടൽ ഇതേ സ്ഥാനത്താണ് പക്ഷെ അതിനെക്കാണ് ഗൗരവമേറിയതാന്ന് മാത്രം അന്നാണ്ട് ആഴത്തിലേക്കത് കടന്നത് മറ്റേ പാതം തട്ടി മുൻറ്റേ ഉള്ളൂ ഇതാണ് വസം മുമ്പ് ഇന്ന് കണ്ണിന്റെ കടലിനെ കാണാ ഗൗരവമേറിയതായിരുന്നു മാത്രം ഇതിൻ നഫ്സ് കൽ ഫാരി നഫ്സ് എന്നുള്ളത് ഒരു കുതിരക്കാരനെ പോലെയാണ് വൽ ബാദനു കൽ പറുപോലെയാണ് അമൽ ഫാരിസി പാലിസിന്റെ അമിന്റെ ാരന്റെ അമ്മ അത് അള്ളൽ പറത്തി കുതിരന്റെ കുടിനാണ് കടുപ്പ് കഴിക്കാൻ തോന്നുന്നത് അപ്പൊ കുതിരന്റെ കണ്ണിന്റെ കാഴ്ച കുറവാന്നായിട്ടുണ്ടായി നേരത്തെ കുരുടയിൽ പാട്ട് തട്ടിമുണ്ട് ഇത് കുതിരക്കാരന്റെ കാഴ്ച കുറവാന്നുണ്ടായത് അള്ളാന്റെ ആയാത്തിന വെറുതെ ഉണ്ട് പറഞ്ഞത് കഴിഞ്ഞോ ബാസിനായ ബസീറത്തും ലാഹിയറായ ബസറും തമ്മിൽ വളരെ മുസാദത്തിൽ അതുകൊണ്ട് അവിടെ കുരുടുന്നു അറിവും ഇവിടെയും കുരുടുന്നു പക്ഷെ കുരു കണ്ടും ജാതിയാണ് അത് വേറൊരു വിരുദ് ഇത് വേറൊരു വിരുദ്ധാബത്ത് ബസീറത്തിൽ ബാസിന് ഈ ബസീറത്തിൽ ആയിട്ട് മുസാബഹത്തുള്ള കാരണത്താടി ഈ മാ റന്ന് പറഞ്ഞത് ഫുആദ് കണ്ടതെന്നല്ലേ ഫുആയുടെ ബസീർത്തോണ്ടുള്ള കാഴ്ചല്ലേ ആ അവിടെ റഹാന്നാണ് അവർ യോഗിച്ചത് ൊരി ഇബ്രാഹീമ മലക്കൂത്തമാബ്രാഹിം അലിസ്ലാമിന് കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കാനുള്ളത് സാധാരണ കണി പ്രകുന്നുണ്ട് ബസീറത്തിനാ കൺ തുടട്ടത് അൽ ആയാ ഇതിനെതിരെ പറയുന്നുണ്ട് ി തങ്ങളായ്മർത്തോ താല്പര്യത്തിൽ ഒരേ ആയിട്ടുണ്ടല്ലോ രാത്രിക്കാർക്കുള്ള ആയിട്ട് സമർപ്പക്കാർക്കുള്ള ആയിട്ട് ഈ സേന ഒരായിട്ടുണ്ട് അമൻസാഖലായ പറ്റിക്കരുതല്ലോ നിയമം ഒക്കെ ബാലാഞ്ചി നിക്കുന്ന അവതരിപ്പിക്കുന്നതാണ് ഒന്നാം കാലം ശരി അപ്പൊ ഈ മമ്മൻഖാനിന്ന ബസീറത്തിന്റെ അമ്മയെ ഉദ്ദേശിച്ച ഈ പറയപ്പെട്ട ബസീറത്ത് കൊണ്ട് കിട്ടണമെന്ന ഉമ്മൂറുണ്ടല്ലോ ഈ ഉമ്മൂർ അമ്പിയാക്കൾക്ക് കണ്ണോണ്ട് കണ്ടെത്താനത്ത് തന്നെയാണ് നമ്മക്ക് സഹിയായ കാര്യം ഓർക്ക് ജലീയാണ് അതാണ് ഓർക്കുള്ള പ്രത്യേകത നമ്മക്ക് കൈമ്പായ കാര്യം ഓർക്ക് ജഹാദത്ത് പോലെ ഉണ്ടാവല്ല അമ്പിയാ കളിപ്പെട്ട ചിലർക്ക് ബസത കൊണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് വസമ്മിയെൽക്കൊണ്ട് റോയത്തൻ എല്ലത്തിനു പേര് റോയിത്ത് തന്നെയാണത് പതിൽക്കും മല്ലം തെക്കും ബസീറത്തുൽ ബാസിനു സാത്തില്ലെന്ന് പറയാം ഒരുത്തന്റെ ബസീറത്തുണ്ടല്ലോ അകത്തെ കാഴ്ച അത് തുളച്ചു കയറുന്നതായിട്ടില്ലെങ്കിൽ വീണന്റെ കാര്യത്തിൽ നിന്ന് പുറമെയുള്ള തൊല കൊട്ടിട്ട് നിൽക്കാന്നല്ലാണ്ട് അതിലുള്ളിൽ കടക്കാൻ ഹർജി അല്ലാന്ന് വെച്ചുകൂടാ വീണന്റെ കാര്യം അങ്ങനെയുള്ളത് പുറമേ ഉള്ള തുറും തൊലിയുണ്ടല്ല ആ തൊറി കൊച്ചിട്ട് മതിയാക്കാം ഇല്ല കുസുറുഹു വാൻസിനു അതിന്റെ പുറമെ ആ മിസൈലുകൾ മാത്രം ദൂന ലുബാബിഹി എന്തിനേക്ക് നോക്കിയിട്ട് കുസൂറുഹിനേക്ക് നോക്കിയിട്ട് ലുബാബി ചെറിയ ഉള്ളിലുള്ള കാത ലുബാബു പിന്നെ അംസിലത്തിലേക്ക് നോക്കിയിട്ടാണ് വക്കായിക്കീ പറഞ്ഞത് നോക്കിപ്പോ രണ്ടില്ലേ ലം ഞാനീ മീനിൽ നിന്ന് അവന് തൊടാൻ കിട്ടൂല ഇല്ല കുസൂറുഹു അതിന് തൊലിയല്ലാതെ ദൂനലുബാബിഹി വംസിലത്വവും മിസാലുകൾ മാത്രമല്ലാതെ തൊടാൻ കിട്ടൂല വക്കായിഹീ ദൂന ഹക്കായിഹീപ്പുറത്തേക്ക് ലക്കനമുളത്തവ് ഇതിന് പഹാദ് ഈ അക്കസ്താമമായ എന്തിനും കിസ്മൻ ലക്കന്റെ അലൈഹ്യ ചുരുക്കത്തി പറയാ അക്കൽ എന്നുള്ള പേര് പറയപ്പെടുന്ന നാല് അക്കത്താമുകളാണ് ചിലവനും പറഞ്ഞത് സമാപിച്ചത് ഇനി അക്കലിൽ തഫാവത്ത് ഉണ്ട് പറയാൻ പോകുന്നു